قلوبك رمضاكنا اللا <سؤال> ادوشن لتتمعيبك ولا تدسوا الدماغنين اما الدماغن كنبالا بايداركنا اللا وتاهليتها بمقامات اليقين يقين ان مقامات للعلم اليقين اين اليقين هكو اليقين يقين ان هو ده مقامات ادوه اللا ادوشاني بك اللا ابدنا عندي لتتهيأ لحمل معرفة رب العالمين رب العالمين آي الله لماعرفته ഏതെടുക്കാനുള്ള പാകം ഉണ്ടാക്കുകയ്യാറാക്കി വെക്കുകമാക്കി കൊള്ളു പരിഹരിച്ചിട്ടിങ്ങനെ ഇനി രണ്ടാള് വരണം അതാണ് മൂന്നാമത് മഹൻസല് മനസ്സിലാന്ന് പറയും തപാകാൻ പറഞ്ഞു റബിനെ കാണുമ്പോലെ അപ്പൊ ഏതെങ്കിലും വസ്തുവിനെ കണ്ടാൽ ഈ വസ്തുവിനെ കാണുമ്പോ തന്നെ ഇങ്ങനെ റബ്ബിനെ കളഞ്ഞു ഇങ്ങനെ ആക്കിയ റബ്ബ് ഒരു നിയമത്ത് വരുമ്പോഴൊക്കെ തന്നെ മുൻലി അന്താനെ കാണും ഒരു ദോഷമാണ് വന്നു പോയെങ്കിൽ അല്ലാബു ഇസ്ലില്ലാത്ത ആ ദോഷം കുറിക്കൂടി തന്നെ ഞെട്ടല ഉണ്ടാക്കും അമലിനെ തൊട്ട് എനിക്ക് അടങ്ങിയിരിക്കാൻ സമയമില്ല അപ്പം എന്തോ അവസരത്തിൽ അങ്ങനെല്ലാം എടുക്കൂല എനിക്ക് സമയം വെറുതെ പോയില്ല മൊഹമ്മദ് അഫൈ കത്തി ഈമാലിലേക്ക് ഒരാളെത്തി കഴിഞ്ഞാൽ എല്ലാം ചെക്കാൻ എന്തൊക്കെ അവരിലേക്ക് തിരിഞ്ഞോക്കും ഇന്ന് ഇന്നെല്ലാം ചെയ്തിട്ടുണ്ട് ഇന്നിത്ര കത്തം കഴിഞ്ഞിട്ടുണ്ട് ഇത്ര ഇത്രയാളാണ് ഞാൻ ചെയ്തത് അതിലേക്ക് നിർത്തി നോക്കേണ്ട അത് സ്വീകരിച്ചത് അതെല്ലാം കൊടുക്കട്ടെന്ന് കൊടുത്തോണ്ട് പോട്ടെ وَمَن مَّلَغَيْنَ حَقِيبَةَ النِّسْيَانِ لِكَتِيرٍ لَمْ يَقْدِرْ أَيْنَ تَفْتِهِ إِلَى حَدِّهِ بِاللَّهِ اللَّهُ إِنَّهُ تَبَارَكَ وَتَعَالَى يَقُولُ ذِكْرًا وَيْلَ هَذِهِ الْمَرَاتِبِ ذِكْرًا നിനക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജന്ന നിനക്ക് ഇന്നും പറ്റീ ഈ മൂന്ന് വർത്തബയിലേക്ക് ആണ് ഇഷാരത്താക്കിയത് എത് വബല്ലവ ഹാ സീകതലി فِي مَاني وانتاج جوما نا هي دليه ثاني اپنما مت وکام اور لی ديرو وکرا وبلغ حقیقت الہی مال رند لی ترا مرتو اد دل پتو اپر ورد قضر فضل الله تام والو یو با و ترو نبدان ونقول والمقام الاسلام അത് അത് തന്നെ വർദ്ധിച്ചില്ല ഇപ്പൊ നാഹ്യറായ അംഗങ്ങളെ ദോഷങ്ങളെ തൊട്ട് സിദ്ധമാക്കാനുള്ള മൊക്കാമാണ് ഒക്കാമല്ലിസ്ലാം അപ്പൊ ഒക്കാമല്ലി ഇസ്ലാം ആദ്യം ഒപ്പിക്കല്ലോ ഇനി രണ്ടല്ല വാക്കിയെന്നുണ്ടോ രണ്ടോ എപ്പൊ മൂന്ന് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് വേണ കാഴ്ചപ്പാട് എന്താ പറയാ ദർശനങ്ങൾ എനിക്ക് പറയുന്നുണ്ട് لم يكن يلتق بين العمل اتطبرا عن شيد عمل إِنَّ إِنَّ إِنَّ عَمَلْ, عمل يَعْشَيْدُكُنَّ عَنْ الْتِفَاطِ اللَّهِ إِنْ إِنْ تِشَيَّانٌ لَوْنَيَوْا وَمَعْتُوْلَوْا إننا جيدون الله، إننا جيدون منهم قلتوا وَهَذَا هُوَ الْأَمْرُ الْخَامِثُ الَّذِي بَهَرَ بِهِي سَرَفَعَ الْأَرَى وَاَمْتَهَجُوُ അവർ മാർഗത്തിൽ മാർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത മൂന്നാമത്തെ അഞ്ചാമത്തെ കാര്യമാണ് സറത്ത് പൊടിപൊട്ടിരിക്കുന്നു ഇതുകൊണ്ട് ഇതുകൊണ്ട് ഹസീകത്തിന്റെ ഈ മഹാൻ ഈ മാനേ ഹസീതത്തിലേക്ക് എത്തിച്ചേർന്നു ഈ മാൻ ഒരു താപസ ഇല്ലാത്ത വളരെ വ്യക്തമാനിലേക്ക് അതിന്റെ ഹത്തികത്തും അതെന്താണ് അതിന്റെ തൂണുകൾ അതിന്റെ പില്ലറല്ല ആദ്യ ആറ് കാര്യത്തിന്റെ ഹത്തികത വിശ്വാസം മലഹ്യത്തിനെ കൊണ്ട് കിതാബ് കൊണ്ട് മൃഗങ്ങളെ കൊണ്ട് കതിൽ കൊണ്ട് ആസാർ ആളുകൊണ്ട് പ്രധാനാൾ ആറാം അല്ല എങ്ങനെയല്ല അർക്കാനുകളുമാണ് ബിൻചും ആ കൂട്ടത്തിൽപ്പെട്ട ആറാമത്തെ കാര്യം ആറാമത്തെ കാര്യല്ലേ കതിര് അള്ളാഹുവിന്റെ കതിരുവുണ്ട് അത് ഹൈറാവട്ടെ ഷർറാവട്ടെ മതിർക്കുന്നതാവട്ടെ കഴിക്കുന്നതാവട്ടെ എല്ലാം ഒന്ന് തിരിഞ്ഞു അപ്പൊ ഹൈര എന്ന് പറഞ്ഞിട്ട് പൊങ്ങച്ചം കാട്ടാനുമില്ല ഷർവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പെടാനുമില്ല മധുരം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അഭിതമായി കൊത്തിക്കാനും കൊണ്ടുക്കാനുമില്ല എല്ലാം അവരെടുക്കൽ സമമാണ് ലൊക്കത്തു ഹൈ ഹൈറന്റെ വക്ത സമം തന്നെ ഷറുന്റെ വക്ത സമം തന്നെ അതാത് വായിക്കൊടുത്തിയാലേ ഉള്ളു ഓണജീതാനന്ദ അവനും ദോഷമാറിൻ്റെ അവിടെ സീഫാറും തോന്നി മരണം ലൊക്കത്തൊരു മധുരത്തിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന രണ്ടാം ൊക്കത്തിൽ മായൊക്കത്തിൽ മുറിയ സമയം അത് രണ്ടു സമം തന്നെ എല്ലാം പോലും വിശാലപ്പെടുത്തി രണ്ടു ഗണ തന്നെ മധു ദു സമം കബുതം വസ്തു സമം എല്ലോ ഒന്നും ഇല്ലാത്തിൽ എന്താ തമ്മില് വ്യത്യാസം അതിന്റെ ഭയാനുൽമുറ അതിമാർ നിയമം രണ്ടാം ചുതി നോക്കിയാൽ കാണാവുന്നതാണ് അപ്പുവാറു പറഞ്ഞാൽ കുട്ടിയാകുക വാഴക്കാരനാകാകുക അതിനുള്ളതി ജീവിതത്തിന്റെ മാറ്റങ്ങൾക്ക് എന്തോറിയ പൗറും തനക്കുലാസിലുള്ള പൂവാറും അപ്പൊ ഞാൻ വായിച്ചാലും കൊള്ളാം ഞാൻ പറയാനും കൊള്ളാം പ്രത്യേക ഒന്നുമില്ല ഈ എല്ലാവസ്ഥയിലാ പണക്കാരനാകെ സ്കൂളിലോ നേടുക വരുന്നവർ ആഴുക ഈ സന്തോഷം ഉണ്ടാകുക ദുഃഖം നേടാൻ രണ്ടാം ചോദ്യം അമ്പത്തൊന്നും നോക്കിയാൽ കാണും ആ പേജിൽ ഈ തവണ അതെന്താന്നറിയോത്താക്കുന്ന പരിപൂർണമായ തസരിയും ഇല്ലാത്ത قام قامنا على الرسول تيسكنا وكمال المعرفة وقلوط اليكين هذا عندي رأى صدرنا وقوله وانت رهجو ما ناهجا لحسانين عيس لكو تليك اللحسان يحسان لدريك ليك وربر ويشيكوك يلا نحسان لدريك الموصلة للشهود والليعان ليك اللحسان ഇക്കാരണത്തിന് വേണ്ടി ഇഷ്ടക്കാവശ്യമായി ഒരു വഴികാട്ടി വേണം അപ്പോഴാണ് ശേഷിന്റെ ആവിശ്യകത വരുന്നത് ശേഷന്റെ ആവിശ്യകതയിലേക്ക് ആവശ്യമായി ഇവിടുന്നാണ് ആദ്യമാകുന്നത് എങ്ങനത്തെ ദലീലായിരിക്കണം ദലീൽ ശേഷ് അയാളാകണം അരി പമ്പിൽ മനാതിൽ എവിടെയെല്ലാം ഇറങ്ങണം പോകുമ്പോൾ അവിടെല്ലാം വെള്ളം കിട്ടും ഈ വഴി ആരെ അടിച്ചുപെട്ട ഇന്ന സ്ഥലത്ത് പിന്നെ നോർമിക്ക ചോറാർന്ന് വിളിക്കാന്ന് പറയും ആദ്യം വൈകാട്ടുന്നവർ ആ ഇത്ര കിലോമീറ്റർ ഓണം അപ്പൊ യാത്രക്കാർക്ക് എന്തായാലും ഇത് സമാധാനായി നമുക്ക് ഇന്ന സമയത്തിൽ ചോറ് കിട്ടും ഇന്നിട്ട് ഇരിക്കാം അവിടെ ദൃഢിയൊണ്ട് ഇന്നും മനസിലാക്കാം അപ്പൊ ആ നീ ഒക്കെ പോകുന്ന അമീർ ഉണ്ടല്ലോ യാത്ര അമീർന്നെന്താകെ വഴി ചെയ്യുമ്പോൾ ആ അയാളാ ചെയ്ത് മനാഹസിനു മനാഹിൽ വെള്ളം കുടിക്കാൻ കിട്ടുന്ന സ്ഥലത്തിന് മനാഹിലിന്ന് പറയുന്നത് അത് തെരക്കത്തലേക്ക് അയാളാതെ മാർഗത്തിൽ പ്രവേശിച്ച ആളാകണം അതപ്പ അതിനെ ശരിക്ക് പെരിച്ച് സമ്പന്നനുമാകണം ഹത്ത മസുരോമി ഒക്കെ വരുന്ന ആളുണ്ടല്ലോ അവരെല്ലാം മസുരോമിനേക്ക് എത്തിക്കാൻ മാത്രമേ വഴി പരിചയക്കാരനാവണം എന്നല്ലാണ്ട് തവലയിൽ എത്തിയപ്പോ എങ്ങോട്ടാ കൊണ്ട് നമ്മളെ അമീനോട് ചോദിക്കും അമീർന്ന് ചോദിക്കുന്നു എങ്ങോട്ടെ കൊണ്ട് അമ്മ ചോദിക്കുന്നു എന്താണെന്ന് എല്ലാവരും കൂടി എന്നാ പിന്നെ നമുക്ക് ഇങ്ങനെ വിട്ടു നോക്കാം കുറ്റമൊക്കെ കുറെ കൂടി ചേടിയെത്താണ്ട് വെണ്ട തീർന്നിച്ച് അതോ വണ്ണ തീരുകയോ തയ്യാറാക്കുകയോ ചെയ്തെങ്കിൽ അ കുടുങ്ങിയെന്ന് അതല്ല വസീടുന്നുണ്ട് ഇങ്ങോട്ടന്നെ ബോട്ടിൽ നിങ്ങൾ അടിച്ചു പറയാൻ അങ്ങനെ എത്തിച്ചുണ്ടാക്കണം വയക്കൂരണ്ടും നൊരീരന്മാരോട് പറയണം ഇതാ ഹാ അന്തറപ്പില്ല നിങ്ങളുടെ റബം എന്നുണ്ടോ കാൽ വാർത്ത ഇതാ ഇങ്ങോട്ടേക്ക് ഇറക്കിയത് അതാ കുടിച്ചോ അതെ അന്തും അന്തും ഉറപ്പു മതയുഗത്തിൽ കലാം കാലി ഇനി ശേഷിനെ പറ്റിയുള്ള കലാം ഇൻഷാള്ള നൂറ്റി നാപ്പത്തിനാല് നൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ പേജിൽ വരുന്നുണ്ട് ആരാശ് മുതിത്തൈലാകണോ മുത്തലക്കു മുതിത്തൈലാകണോ എല്ലാം കണ്ടാത്തല്ലാകാൻ പറ്റോ ഉം പച്ച താലിറ്റാ മതിയോ ഉം ഒന്നും പഠിക്കാത്ത ആളാകോ ഒന്നും പഠിക്കണ്ടാവും ഒരു കൂട്ടർ പറഞ്ഞാൽ എല്ലാം പഠിക്കണോന്നും അത് രണ്ടും കൂടെ മാറ്റി രണ്ടാളെ കറങ്ങും പോട്ട് കൊറച്ചെല്ലാം പഠിക്കണം കൊറച്ചെല്ലാം പഠിക്കണ്ട തീരെ പഠിക്കണ്ടെന്ന് പറയുന്നത് കൊറച്ചെല്ലാം പഠിക്കാം സുമ്മെല്ലാം വിസാദിസി ആറാമത്തെ കാര്യത്തിലേക്ക് എന്താ ആറാമത്തെ കാര്യം ഈ ഭൗതികം ഈ കാണുന്ന മാത്രമല്ല അവർ കാണണം ഇതിന്റെ അപ്പുറം വെറുപ്പല്ലോട് കാണാൻ പോകുന്നുണ്ട് ഈ ഭൗതിക ലോകം ഇങ്ങനെ മായ പറഞ്ഞു കൊറേ പ്രകാശവും കുറെ ദുഞ്ചാവും സുഖം കൂടെ നമ്മളെ കണ്ണിൽ കണ്ടച്ചിട്ടുണ്ട് കടന്നു പോകുന്നതിന് മുമ്പിൽ ടോർച്ചടിച്ചിട്ട മോശം തന്നെ ടോർച്ചടിച്ചാല് ആ കണ്ണിന്റെ അപ്പുറം ഇപ്പോഴും കാണില്ല നമ്മൾ ഈ വൈക്കൻഡോ പോന്ന അവസ്ഥലത്തിൽ ടോർച്ചടിച്ച മുക്കണ് മുമ്പ് ഇന്നടിക്കുക എന്നൊന്നും തീരുന്നില്ല ബസ്സിൽ ഓടിക്കുമ്പോൾ അന്ന് ഇങ്ങോട്ട് ബസ് വന്ന ഒരു ലൈറ്റ് ഇട്ടിട്ട് വന്നാൽ ഡിമഞ്ഞാൽ ആകെ പോയി പോലെ ദൈവസന്യം ഇവിടുന്ന് ആലമുൽ മലക്കോത്തിലേക്കുള്ള ഒരു തരറ്റം അതിന്റെ അപ്പുറമെല്ലോ ഉണ്ട് തിരിയട അപ്പൊ ഇതിന് ആര് കിട്ടൂല ശാസ്ത്രന്മാർ കിട്ടൂല ശാസ്ത്രന്മാർ ആകെ ആലമുൽമുൽക്കിയിലുള്ള കണ്ടുപിടുത്തങ്ങളില് ഇങ്ങനെ തന്നെ അറിയത്തില്ല മലപ്പുറത്തിലേക്ക് അവരെ കണ്ടുപിടുത്താൻ പോകൂല അതിന് കണ്ടുപിടിക്കാനും എത്ര സ്കോപ്പില്ല അതിനെന്തേ വീട്ടുള്ളൂ ബസീറത്തോണ്ട് മാത്രമേ സാധിക്കുള്ളൂ അച്ഛന് പോരാ അക്കലും അപ്പുറാണല്ലോ ബസീറത്ത് ആലും പറഞ്ഞു രണ്ടു വർത്തം തന്നെ അല്ലെങ്കിൽ ആലമുഷാദത്തിന് ആലമുൽ റൈവിലേക്ക് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആലമുൽ ആലമുൽ അമ്രേക്ക് എന്ന് പറഞ്ഞോ يمضي الانسان من خاص فرشتيته في انه اني قرنوا فقال وانيموا مراتب الوجود دي قل امي مزوالي دي مالموجوده بي واعلموا افرنجوا مراتب الوجود وجودين مرتبه انا ارنجهوا مغر بريهم وجودين اثر مرتبه انت اصريا مرتبه فرعيها مرتبه بغميه مرتبه وانت قريجنا അൽവുദിനെ അന്നാഹും ഒന്നാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അൽവുദിനി അവിടുന്ന് പറയ വുജൂദ് ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ബഹ്മിയായ വജുദുണ്ട് മൊത്തം എല്ലാം പറഞ്ഞു അതല്ലോ അവർക്ക് ശരിക്കും മനസ്സിലാക്കി എന്നിട്ട് ഈ വഹ്മിയായ വജൂദ് എല്ലാം എല്ലാം എന്ന് മനസ്സിലാക്കിയേ പറ്റൂ പിന്നെ കേറി പോകാനുണ്ടാവും അതേ കെത്താൻ അൽവുജൂദിനേക്കെത്തും ഇനി കൽ ഒമ്മി വൽ വാലി വൽ മൗലൂദ് മൂന്നെണ്ണം പറയാം ഒരു ഉമ്മ ഉണ്ട് ഒരു പിതാവുണ്ട് ഒരു കുട്ടിയുണ്ട് അതിനെ പറ്റി ഉദ്ദേശം പറയും ആ ഒരു പിതാവ് പിതാവിന്റെ ഭാര്യയാണല്ലോ ആര് ഉമ്മ രണ്ടാംകൂടി ജനിച്ചണല്ലോ മോലൂദ് അപ്പോ റസനിയായ വജൂദ് അതിൽ നിന്ന് ഫർണിയായ വജൂദ് അതിൽ നിന്നും ബിന്ദുണ്ടായ വജുദ് ആ മൂന്ന് വജൂദിനേക്ക് സൂര്ജനാണ് കല്ലുമ്മി വൻവാളി വൻ മോലൂദ്ന്ന് പറഞ്ഞത് നേർക്കുനേര ഉമ്മയും ഉപ്പയും കുട്ടിയും എന്നല്ല അർത്ഥം ഇവിടെ ഉള്ള സാധനത്തിലേക്ക് ചേർത്തിട്ടെന്താക്ക ഒരു കുട്ടി ആ കുട്ടിക്ക് ഒരു ഉമ്മ ഒരു ഉപ്പ അപ്പൊ എന്താ രണ്ടുണ്ട് ആലമുൽ മുളുക്കിന്റെ മേലെന്തന്റെ മലക്കോസും ജബറോസും രണ്ടു വറുണ്ട് കണിക്കുന്നത് ആലമുൽ മുളുക്കും ജബറോ എന്നിന്റെ രണ്ടെണ്ണോ അസുര അപ്പൊ ഈ മൗലോത് എന്നു പറഞ്ഞ ആലമുൽ മുൾക്കിന്റെ പ്രതിക ലോകമായി വെച്ചാൽ അതിന് മേലെ രണ്ടത്തിനേതായി ഒന്നും അതക്കൂത്തും മറ്റൊന്നില്ല കുറൂത്തു പറയും അറോ റോനി അറോ അവരുടെ അറിവിൽപ്പെട്ടിട്ടുണ്ട് ഷൈ അൻ ഒരു വസ്തുവിന് കാലമു ഏതാ ശിവല്ലബ്ദാൻ ഈ ഭൗതികമാകുന്ന ഈ മെറ്റീരിയൽ ഈ വസ്തുണ്ടല്ലോ ഈ ഭൗതിക വസ്തു ഇതിന്റെ അപ്പുറം വേറെ വസ്തുവിനെ അവർ അറിവിൽപ്പെട്ടിട്ടുണ്ട് അതിനെപ്പറ്റി അവർ വിളിക്കാറുള്ളത് ആലമുറാനി എന്ന മൊത്തത്തിൽ വിളിക്കുന്നു ഞാനോറഞ്ഞില്ലേ അറുവാൻ അല്ലെങ്കിൽ ആലമൊൽമൊലപ്പുത്ത് മൊത്തത്തിൽ പറഞ്ഞു تولي لهم. صلى الله عليه وسلم على محمد صلى الله عليه وسلم. لَلُعَى ثُمَّ أَشَارَ إِلَى الْنَمْرِ السَّادِسِيكَ وَرِيَفْرَدَى يَمَانَنْتَ حَتَيْجَدَ لَيْكَ عُرَتِّكْ شَوْرُدُ لَتُو إِهِسَّانِنَّ فَادِيلَ وَرَبْرَوَيْشِكَ إِنْجَيْدُونَ ഇസ്ലാമിൽ കൂടിയും ഈമാനിൽ കൂടിയാണല്ലോ ഇൻസാൻ മക്കാമനെ കെട്ടേണ്ടത് അടുത്തിസ് ആറാമത്തെ കാര്യങ്ങളിലേക്ക് സൂചിപ്പിച്ചു ആലമൊരു മലപ്പൂത്ത് കരകയറലുണ്ട് ശരീരം കൊണ്ട് കരകറിലല്ല ശരീരം ഇതുപോലെ കാണാവുന്നൊരു പ്രത്യേക ലോകം ഈ രണ്ട് രണ്ട് നാടായിട്ട് കാണുകയും ചെയ്യില്ല സുഹൃത്തിന്റെ വ്യത്യാസങ്ങളാണ് ഒരേ രംഗത്ത് ഒരാൾ കാണുന്നില്ല ഒരാൾ കാണലുണ്ടായിരിക്കും നമ്മുടെ ആനുകൂല്യ വ്യത്യാസം പറയാം ഇതിന് ഉറപ്പിനെ നോട്ടാന്ന് വിജയിച്ച കാഴ്ചക്ക് നല്ല സ്റ്റൈലുണ്ട് ഉറപ്പേന നോട്ടിന്റെ ആ ചിത്രത്തിലേക്ക് മാത്രം നോട്ടിന്റെ വനിമയും ആ ചിത്രവും നോക്കുന്ന ആൾക്ക് നല്ല ചിത്രം അടങ്ങിയ ഒരു വർണ്ണ കടലാസം ആരമുൽ ഗുരുക്കം അല്ലെ അതേ അവസരത്തിൽ യൂപ്യാന്റെ ഈ ചിത്രം എന്താണാവും നമുക്ക് നോക്കട്ടില്ല ഈ സാധനം എന്താണെന്ന് അതിന്റെ വാല്യു കൽപ്പിക്കുന്ന മൂല്യമുള്ള സാധനം അപ്പം രണ്ടാള് രണ്ട് ജാതി ഏറ്റുപാട് കൊണ്ട് നോക്കിയാൽ ഒരാൾ അതിന്റെ മുലുക്ക കാണുമ്പോഴും മറ്റൊ കാണുന്നില്ല അതിന്റെ മടക്കത്തിലേക്ക് കാണും അതിന്റെ അത് ഈ ചിത്ര പണിയെക്കാളും മാവറായിരുന്നുണ്ട് അപ്പുറം മറ്റൊന്നുണ്ട് കാണുന്നു അത് ഈ ഭാഗ്യേറ്റം കൊണ്ട് ഈ ആനമുലം മുഴുക്കുന്ന ബോഹിനേത്രം കൊണ്ട് കാണാവുന്ന സാധനമാണ് മറ്റേത് വസീതത്വം ഉണ്ടാകാനുണ്ട് ഇത് ബസ് കൊണ്ട് മറ്റേ വസീതത്വം ഉണ്ടാകാനും അപ്പൊ ഈ ആനമുലം മണക്കുന്നുണ്ട് ഈ ഭൗതിക ലോകത്തിന്റെ അപ്പുറമുള്ള ചർച്ചകളായി സൂഫിയത്തെ മാതം രക്ഷയിൽപ്പെട്ടവരെ സാൻസുകാർക്കും അതിനെപ്പറ്റി ചർച്ചയില്ല ഒക്കെ അതിനെപ്പറ്റി ഗവേഷണത്തില്ല ഈ ചാൻസലറായ ശാസ്ത്രജ്ഞന്മാരെ വർണ്ണിച്ചവരും വർണ്ണിച്ചോളൂ ഓരോ എന്ത് കണ്ടുത്താണെങ്കിൽ ആരം പോലെ മുനുക്കിന്ന് ഒതുങ്ങി നിൽക്കുക എന്നല്ലാണപ്പുറത്തേക്ക് പോകില്ല അത് അക്കലുകൊണ്ടാണ് പോകുന്നത് അക്കലിന്റെ അക്കലിന്റെ അപ്പുറം ഉള്ളതാണ് ബസ് ഇറത്ത് ബസ് ഇറത്തുകൊണ്ട് എത്തേണ്ട രംഗങ്ങളാണ് ഇതൊക്കെ ബസ് ഇറത്തിന്റെ അഞ്ച് ജാതി ആളുകളാണ് ബസ് ഇറത്തുന്ന അകത്തൊരു കാഴ്ചയുണ്ട് അക്കലിനും അപ്പുറമുള്ള സാധനം അത് പൊതുവെ മനുഷ്യന്മാർക്ക് എല്ലാം ഒന്നാൾക്കാരെ കൊടുത്തിട്ടുണ്ട് എല്ലാർക്കും മനുഷ്യൻ പ്രത്യേകമായിട്ടു പക്ഷെ ആ ബസീരത്തിന്റെ വിഷയത്തിന് അഞ്ച് തരക്കാരാണ് മനുഷ്യന്മാർ ഒന്ന് ഉണ്ട് പക്ഷെ അത് പറ്റ പൊട്ടി കുരുടയച്ചു കാഴ്ച നേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്നുമില്ല അണവാദിച്ചു ഒരു വിവാദം മാറ്റുമൊട്ട് കുരുടൊന്നും വായിച്ചില്ല പക്ഷേ കാഴ്ചക്കും അങ്ങനെ വെച്ചിട്ടുണ്ട് രണ്ട് ഇത് കുറച്ച് തുറക്കപ്പെട്ട ഒരു മദ്യനിരക്ക് തുറക്കപ്പെട്ട ആള് നല്ലോണം തുറക്കപ്പെട്ട അപ്പൊ ഒന്ന് പച്ച കൊത്തിയാള് ഒന്ന് കൊത്തിയിട്ടില്ല അതായത് കാഴ്ച നഷ്ടം വന്നിട്ടുണ്ട് ഈ കാഴ്ച നഷ്ടം വന്ന അത് കുറച്ച് കിട്ടിയാള് നിലവൺ അല്പം കൂടി കൂടി കിട്ടിയാൽ നല്ലവണ്ണം കിട്ടിയ അഞ്ചേ ഈ നമ്മൾ ഏത് ഹാളിലന്നിങ്ങനെ തിരിയാ ഈ വസീറത്തൊണ്ടാണ് ഇതെല്ലാം ഈ ആലമുൾ മുളുക്കിന്റെ അപ്പുറം എല്ലാം എല്ലാം കാണുന്നത് ഇതെല്ലാം അക്കലെ മതി അക്കലിന്റെ അപ്പുറം മോത്ര സാധനം വേണം അത് ഈ വിഷയത്തിൽ നമ്മളെത് തർക്കതാ ഈ അഞ്ചിനത്തിൽ പച്ച കുരുടായ കൂട്ടത്തിലോ എല്ലാ കാഴ്ച മൂടപ്പെട്ടതിലോ കുറച്ച് തുറന്നാളോ കുറച്ചും കൂടി തുറന്നാളോ നല്ലവണ്ണം തുറന്നാളോ മൂന്നാമത്തെ നമ്മളെതിരാണോ ആ പട്ടി പോയത് കുപ്പാറ അവിധിയും ഇല്ല അവർക്ക് മീനും ഇല്ല ഒന്നും ഇല്ലാണ്ട് പച്ചാർ താങ്ങ് എന്താന്ന് ഇത് വെള്ളം വേണ്ട വെള്ളം തന്നെ ഈ വെള്ളം കുടിച്ചാൽ പറ്റി ദാഹം തീരുന്നുണ്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ ദാഹം തീരുന്നില്ല അത് വെള്ളം തന്നെയാ ദാഹം തീർത്ത ഈന മുകളിൽ മാത്രം അത് അടഞ്ഞുകൂടിയപ്പോ പറ്റ പൊട്ടിയ ഈ പൊട്ടീന് മറ്റൊന്നുണ്ട് ഇഞ്ചി മാസ് എന്നുവെച്ചാൽ കാഴ്ച കഷ്ടപ്പെട്ട പൊട്ടി അതിന് ചില ലക്ഷണങ്ങളുണ്ട് ലക്ഷണം കൊണ്ടു തീരുമാനിച്ചാൽ കഴിയും നൂപ്പറെന്താക്കിന്നറിയോ പച്ച പൊട്ടിയാലെ ലക്ഷണം പറഞ്ഞാ അല്പം തുറന്നാളെ ലക്ഷണം പറഞ്ഞാ പറയാ എന്താ പറഞ്ഞത് ഇരുത്തി ഹാദുക്കി മാതീലിൻകി പറഞ്ഞു പറയാ ഇരുതിഹാദുക്ക നിന്റെ കഠിനാധ്വാന നീ ഭയങ്കരമായി മെനക്കെടു ല നിനക്ക് ജാമ്യം നിൽക്കപ്പെട്ട ലഭിക്കുമെന്ന വേറെ ആ ജാമ്യം നിന്നിട്ടുണ്ട് എനിക്ക് കിട്ടുമെന്നുള്ള നഷ്ടപ്പെട്ടു പോകില്ല കിട്ടും അങ്ങനെ ജാമ്യം നിൽക്കപ്പെട്ട കാര്യത്തിൽ വേറെ ആൾ ഏറ്റെടുത്തിട്ടുണ്ട് അത് നീ കഠിനാധ്വാനം ചെയ്തു കിട്ടണ്ടായി പോലെ അപ്പൊ ആ തപസ്സിക്ക ഭീമ തൊഴിലാമെങ്കിൽ നിനക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ടല്ലോ നിനക്ക് ആവശ്യപ്പെട്ടേ അതിൽ വല്ലാത്ത തപസ്സീകളും വരുത്തുക പോരായ്മ വരുത്തും ഇതെന്തിന്റെ രക്ഷണമെന്ന് അപ്പൊ എന്താ ഇന്ന് അവകാശങ്ങൾ നേടിയെടുക്കാനോ സമരം ദേയിച്ചു കിട്ടുന്ന കാര്യം ദേവിച്ചു മാസം പൊടി അവ മാം ഏഹ് കജാഞ്ചി വന്നിട്ട് വഹിക്കാനും സെക്രട്ടറി എഴുതുന്നതാണ് നമുക്ക് മതമൂനം നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിന് തക്സീറും ഇത് രണ്ടും കൂടി കണ്ടാൽ ദലീരൻ അരന്ത്മാൻ ബസ് ഇറത്തി നിഷ് ബസ് ഇറത്ത് പൊട്ടി കുരടായിരിക്കുന്നു എന്നതിന് ദലീലാ അതിൽ തന്നെയാണല്ലോ ഇനി നമ്മുടെ പ്രവർത്തനം വിലയിരുത്തി നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടിയിലാണോ നമുക്ക് കൂടുതൽ ശുഷ്കാന്തി അല്ലെങ്കിൽ കിട്ടാവരുടെ അവകാശത്തിലാണോ ശുഷക്തി പരിശോധിക്കാം നിങ്ങൾ ബാധക നിറവേറ്റാണെങ്കിൽ സമരമുണ്ട് അത് ഞാൻ അവകാശങ്ങൾ നേടിയെടുക്കാനാ സമരം പണി കൊടുക്കുന്ന സമരം അല്ല നടക്കുന്നു ബാധക നിറവേറ്റാ സമരം ഇവിടെ കിട്ടാകളൊക്കെ വസ്തുവിൽ കഴിഞ്ഞാൽ അപ്പം കൂട്ടരാജിവെക്കലായി കുലപ്പാക്കലായി വഹിക്കാൻ തുടങ്ങി ചെയ്യാനുള്ള ഡ്യൂട്ടിക്ക് എന്തെങ്കിലും പറയങ്ങൾ വന്നാൽ അതിലും എനിക്ക് ഖേദമോ വലിയൊരു എപ്പഴാണോ അതിൽ പരിഹരിക്കാനുള്ള മാർഗം കണ്ടെത്തുന്നുണ്ടാവും ഡ്യൂട്ടി എന്താ ഇങ്ങനെയുള്ള പിന്നാവിന്റെ കാലത്തിലാവട്ടെ വള്ളവത്തിന്റെ കാലത്തിലാവട്ടെ ഏത് വിഷയത്തിനും ഇങ്ങനെയുള്ള ജീവിതമാണെങ്കിൽ ദലീനും അടച്ചിമാസം ബസ് വാദന അകറ്റുന്ന വിഷയത്തിൽ എനിക്ക് ശുഷ്കാർജി ഇല്ലാണ്ടാലും കിട്ടും എന്നുള്ള ഏർക്കപ്പെട്ട അവകാശങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ ബസ്സിലട്ട അടിപൂടെ പറഞ്ഞു പിന്നെ അല്പം തുറന്നാ പറയാ അതാണെന്ന് പറഞ്ഞത് സ്വാൽ ബസ് ഇടത്ത് ഐനൽ ബസ്സിലത്തെ ഹപ്പൽ ബസ് ഇടത്ത് ഇങ്ങനെ മൂന്ന് ഗ്രേഡാക്കി തിരിഞ്ഞു സ്വാൽ ബസ് ഇടത്ത് തുറന്നതിന് അൽപ്പിലേ ചെറിയ വിട്ടം ഇതുപോലെ പ്രഭാത പ്രകാശമായി കണക്കാക്കാം അത് ശരിയെന്ന് അയിനുൽ ബസീറത്തെ ഹക്കുൽ ബസീറേ കൂട്ടാം സുഹാ ഉൽ ചെറിയ പ്രകാശ അല്ലേ സുഹാ ഉൽ യുദ്ധ കുർബൂമി കാണാവും അള്ളാഹുബാൻ നീയു മാറ്റ കരീബാണ് എന്ന് നിനക്ക് ബോധ്യപ്പെടുത്തി തരും അപ്പൊ ആടെ മനസ്സിൽ അള്ളാഹു താല ബാൻ തോന്നുന്നുണ്ടോ ദൂരത്താണോ ഇപ്പം കാര്യോട് ഭർത്തും കാര്യം അതിന് കൈമകരായി കാണുന്നില്ല അള്ളാഹുവിനെ പറ്റിയ അതിനെ പരിചയപ്പെടുത്തി എങ്ങനെ ഞാൻ പൈനെ കരീമെന്ന പരിചയപ്പെടുത്തി അള്ളാഹ് കുറുമുക അവസ്ഥ പറഞ്ഞു വൈകുന്നില്ല ഋതുബൈ എത്രയോളം വൈകി എന്ന് വെച്ചോ അള്ളാഹുവിന്റെ സിബാഹത്തെല്ലാം കടീമാണ് ഞമ്മൾ ഹാബീസാണ് അള്ളാഹുന്റെ നാട്ടും കടീമാണ് നമ്മൾ ഹാബീസാണ് അള്ളാഹ് ഒന്നിനേക്കുള്ള ഇഫ്തിക്കാരനെ നമുക്ക് ഇഫ്തിക്കാരുണ്ട് ഈ നിരക്കെല്ലാം നടക്കുമ്പോൾ ഋതുബൈൽ എന്തിന്റെ വളരെ വൈകിട്ടാണ് നിൽക്കുന്നത് വാലിക്ക് വേറെ കൽക്ക് വേറെ ദുർബങ്ങൾ അതോടൊപ്പം അപരുമായിട്ട് മക്കളും കാത്തുമായിട്ട് അല്ലാതെ സ്വഭാവം തന്നെ ഞാൻ നിങ്ങളോട് കരീബാണെന്നാ പറഞ്ഞു ഞങ്ങക്ക് കരീബാണെന്ന് തോന്നുന്നില്ലേ എന്നാൽ ഷാവൽ ബസ് ഇങ്ങനെ തോന്നിട്ടേ ഇല്ല എന്ന മനസ്സിലാക്കും കരീബായി കഴിഞ്ഞാല് ലക്ഷം ഒരു പ്രശ്നം വന്നു നമുക്കൊന്നാകൊണ്ട് അറിയാം നമുക്ക് അടുത്തോന്നില്ലേ ഞാൻ അങ്ങോട്ടെല്ലാം പോന്നു ആ ഗുഹി കുടുങ്ങോട് പറഞ്ഞില്ലേ നമുക്ക് മുഹിയിലടക്കപ്പെട്ടു വായു ഇല്ല വെള്ളീലെ വെളിച്ചയില്ലാതെല്ലാം കൂടെ കുടുങ്ങി ആ എന്താ ചെയ്യുന്നു അന്ന കീമായിട്ടിട്ടാ സമീപം കരീമായിട്ടുണ്ടെന്ന് വേറെ ഒന്നിലേക്കല്ല പോയത് അപ്പൊ എന്തിനും ആദ്യം അകൃതിയാണോ കാര്യത്തിലാണോ എന്റെ അന്താഹ കരീമാണോ എന്റെ മോധത്തിലുള്ളത് ദോഷം ചെയ്യുമ്പോൾ കരീമ്പാണ് ഇതെല്ലാം കാണുന്നുണ്ട് അയ്യക് ചെയ്യുന്നു ചെയ്യണം എന്തെങ്കിലും വന്നാൽ വാങ്ങിക്കും സമർപ്പിക്കണം അയാൾ ചെയ്യുമ്പോൾ പതുക്കെ ചെല്ലിയാലും അല്ല കേശ്വസിക്കണം വേദന കൊള്ളതെന്ന് നിക്കിന്റെ അസന് സിരിദാണല്ലോ ഏത് നിക്കിന്റെ അസുലേതാണ് സിറുവാൻ പിന്നെ ഷറാറിൽ വാതിലായ പ്രത്യേക സാഹചര്യത്തിൽ ജഹ്ർ വാതിലായി നേടുന്നു നിക്കിന്റെ അസലെന്താണ് സിറുവാ എന്തുകൊണ്ട് നിക്കിറ മധുക്കൂറാരാണ് നിക്കിന്റെ അന്നാഹു സിറായ അന്നറിയില്ല അതായിരിക്കൂലേ അപ്പൊ അന്നാഹുവിന്റെ കുറവ് കൂടുതൽ ബോധ്യപ്പെടുന്നവരാണ് സ്ഥിരമില്ല ജഹ്റു അപ്പോ விராக்கியாரும் கேக்கும் இன்னோ யானமும் சர்வவாக்பான்னு அருይምல அல்லாஹ் வந்து பொருளாதார அங்க இருக்கணும்னு சொல்லி சர்வாயானும் ஏக்கும்ன்னு அருይም அற்றிய கரீமாவுல அர்த்தம் வந்தது அல்லாஹ் வந்து কুরபின்ல வஸ்து அடிக்குது அல்லாஹ்வுல்லா சலாம் தீலு மவஸப சென் ரம்ங்க அப்படி கேக்கும்னு அர்த்தம் ஆ அது செப்பteil செல்லன்னு சொன்னது இன்ன காரணம் பறந்தது ஒன்னிக்கில் நாய்மின வாத்தாள் എന്തെങ്കിൽ റഫലത്താൽ നിൽക്കുന്ന ആൾക്ക് നമ്മുക്ക് ചെന്നെട്ടിപ്പോന്ന് പറഞ്ഞിട്ട് ഞമ്മൾക്ക് പൂച്ചുകൂടാൻ വേണ്ടിട്ട് മകളെ പ്രേരിപ്പിക്കാൻ വേണ്ടി ജെഹ്താക്കുന്നു അത് വളർന്ന് മറ്റൊന്നും മാറി മൗം ഇവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി മൗവെ ജെഹ്റാക്കുന്നു മുനീതന്മാർക്ക് വേദിക്കാൻ ഇതിനൊക്കെ ജെഹ്ലാക്കി അല്ലെ സ്ഥലത്തിന്റെ അവിടെ ബാങ്കിന്റെ അവിടെ പണ്ടുണ്ട് ഇവന്റെ ശബ്ദം കേൾക്കുന്ന ആളെല്ലാം ഇവന് വേണ്ടിട്ട് സഹത്കരിക്കുന്നുണ്ട് സ്ഥലത്തിൽ അങ്ങനെ പറ്റി രസവും വന്നിട്ടുണ്ട് ശബ്ദം കൊണ്ടാളേക്കുണ്ടെങ്കിൽ പക്ഷെ എന്താ സാന്നിഹായം അണിഞ്ഞ് അവളുടെ വസ്തുക്കളൊക്കെ സാക്ഷ്യം വഹിക്കുന്നുണ്ട് സാക്ഷ്യം വഹിക്കല് ഓരോന്നും അതിന്റെ രീതിയിലല്ലേ കേട്ടിട്ട് സാക്ഷ്യം വഹിക്കുന്ന ആൾ കേട്ടത് കണ്ടിട്ട് സാക്ഷ്യം വഹിക്കുന്ന ആൾ കണ്ടത് പൊന്നൂറും ഉണ്ട് സാക്ഷ്യം വഹിക്കുന്ന ആൾ അങ്ങനെ നമ്മൾ വീണിക്ക് ഇത്താതെ ഈ ടേബിൾ സാക്ഷ്യമല്ലേ അതുകൊണ്ട് ഈ അങ് മെച്ചത്തിലാക്കാൻ പറഞ്ഞ അപ്പൊ ദിക്കറിന്റെ അത്ര അല്പം തുറന്നെങ്കിൽ ഇത് കാണുമായിരുന്നതായി ശീലത്തിന്റെ പുറമെ പോകാം അള്ളാഹ് മഹാരെഹത്താനാ നീയു അതിലുള്ള കുറവിലാണ് അത് എനിക്ക് ബോധ്യപ്പെടുത്തി തരും ബാബാ കഴിയും ബാക്കിയെ കാണുന്നുണ്ട് വായിലേക്ക് തോന്നില്ല അപ്പൊ ദോഷം ചെയ്യുമ്പോൾ ബാഗീതായി തോന്നിയത് കൊണ്ടാണ് ദോഷം ചെയ്യാൻ നമുക്ക് അന്ന് കാലത്തില്ലാണെങ്കിൽ വിചാരിക്കുമ്പോൾ അത് പോകും ചെറിയ നമലി ചെറിയ രഹസ്യമായി ചെയ്യുമ്പോഴോ ഒന്നും ഇല്ല ഒരു കാലത്തില്ലാണോ ഒന്നും അന്ന് കണ്ടിട്ടില്ല നോക്കിയിട്ടുണ്ട് കുടുംബ ബോധ്യപ്പെടത്തുണ്ടോ ഇതിന്റെ വാഹിനോട് ബസ് ഇറക്കി യൂസ് എടുക്ക ഹീൻറ്റ് ഫനാൽ ഉണ്ടാവും മൊത്തം ലയിച്ചു പോയതുകൊണ്ട് നിന്റെ അറിമിനെ ആ സാഹിദാക്കി തേ ഞാനൊന്നുമില്ല ഞാനൊന്നുമില്ല അപ്പുൽ ബസീറത്തു വരാതും അത്ര നിന്റെ ഉജൂത അറിയുമ്പോ പ്രശ്നമല്ല ഓന്റെ മൊത്തം ബക്കാളുണ്ടാവും ബസ് അത്വം മലയാളം കളി ജയിച്ചു ഈ ബസീറത്തിനെ നാം ആരെ കാകിയെ ഓർൺട്ടിട്ടുള്ളോ ഒബിയതിനെ ഓർൺുള്ളോ ആ ജിഹാദുൽ അക്ബർ അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല അങ്കട ആവതകോനു അല്ലെങ്കിൽ പറമിൻ ആലം അൽ അസ്മാഹെന്നാ ആലം അൽ അർവാഹിനെ കേക്ക് എന്ന് ഓർടാ മറ്റൊരു പ്രയോഗം ആലം അൽ അസ്മാ എന്ന് പറഞ്ഞാലും ആലം അൽ ഗുൽഖു എന്ന് പറഞ്ഞാലും മലകൂത്ത് എന്ന് പറഞ്ഞാലും ആലം അൽ റുഹ് റൂഹിന്റെ ആലം എന്നല്ലേ അർത്ഥം അതൊരു വേറെ ആരുടെ അസ്ത്വാഹിങ്ങാണ് ഉള്ളതെന്നല്ലേ എന്നാതണ്ട മറ്റുള്ളവരുടെ അക്കലിന്റെയും ഇദ്രാഖിന്റെയും അപ്പുറമുള്ള തോറാണ് ഈ അരവിനുടേ അസറാറുകൾ അക്കലോട്ടാണല്ലോ എത്തിച്ചേരേണ്ടത് അക്കിൽ മുട്ടിയിട്ടാണ് നിൽക്കുന്ന എന്റെ രാശ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം താങ്ങും വസരത തുറന്നിട്ട് അങ്ങോട്ടും വാങ്ങിപ്പോകും ആഗ്രഹം കൊണ്ടു അതാണ് പറയുന്നത് قالوا من رب ما دي مالم وجودي واستشعروا شيئا في الملذاني يدعونه بالعالم الروحاني واعلموا قبر ارضتند مرااتب الوجودي وجودين مرتبه بالارضتند بدا وجود بايه உண்டு الله الكون وجود ആകാശ ഭൂമിക്കോട്ട് മുജൂത് ആശ്വര സ്വർഗത്തിന്റെ മുജൂതുണ്ട് കടലും കടക്കും മുജൂതുണ്ട് നമ്മക്കും മുജൂതുണ്ട് നമ്മുടെ ഒക്കെ അനുഭവം നൽകുന്നുണ്ട് മുജൂദ് അതിന് എല്ലാ ഒറ്റ പദത്തിടെ ഉള്ളത് ആ ബുജൂദിനും വർത്തബകളുണ്ട് ബുജൂദിന്റെ പറയാൻ വർത്തവുണ്ട് ആ മർത്തബന്റെ മുജൂതി പുറന്താക്കുന്നത് ആകെ എല്ലാ ഭൂജോദിനെയും മുജൂദായിട്ട് നടത്താക്കൂല്ല ചിലതിനെന്താക്കും തള്ളിക്കളയും ചിലതിനെ കാര്യമായിട്ട് എടുക്കും ചിലതിനെ അതിനകാര്യമായിട്ടെടുക്കും എല്ലാം മൊത്തം തള്ളിക്കള ഏണ്ടല്ലേ ആറ് വജുതത്തിലാക്കുന്ന ഗുപ്പുകൾ മൂന്നെ ആക്കുന്നുള്ളൂ ഒന്ന് അസലിയായ വജൂത് മറ്റൊന്ന് പുറകീയായ വജൂത് മറ്റൊന്ന് ബഹ്മീയായ വുജൂത് ബഹമ്മിയായ വജൂത് അള്ളിക്കളി അത് കാര്യമായിട്ട് എടുക്കുകയും ചെയ്യൂല പിന്നെന്താക്കും പറയായ വജൂദ് അസലം ആണ് നിൽക്കുന്നത് എന്നുള്ള നിലപാടിൽ കൂടെ എന്നെ സ്വീകരിക്കുകയും ചെയ്യും അപ്പൊ അക്ക വജുദാണ് അസലിയായ അറ്റി കത്ത മജൂദ അപ്പൊ ഈ രണ്ടെണ്ണമോ ഇതിനെ തീരെ ഇത് ബോഹലാനാക്കി കളഞ്ഞോ ഇത് ഇതിന് വേണ്ടി നനക്കുന്നതായി പുറത്താക്കും അപ്പൊരുപോലെയല്ല മനസ്സിലായി അവർ അറിഞ്ഞോ മറാത്തി വൽമുദൂതിനെ അറിഞ്ഞോന്നു അപ്പം നമുക്ക് കൽ ഉമ്മി വൽ വാരുതി വൽമോലൂര് ഉമ്മ പോലെ വാലുതുപോലെ മോലൂതുപോലെ ഈ കല്ല്മിന്റെ കാപ്പന്തും നന്നു തശ്മീഹാണോ തന്ത്രി ആണോ എന്ത് കാപ്പാണ് തശ്മീഹൻ എന്നെല്ലാം ശാരീരി കൊണ്ടപ്പോന്നു തശ്മീരിന്റെ കാപ്പ് മുഖം കണ്ട ചന്ദ്രനെ പോലെയാകുന്നു എന്ന് പറഞ്ഞ കാപ്പാണ് തശ്മീഹന്റെ കാപ്പാണ് അപ്പൊ തശ്മീഹിന്റെ കാപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തോ പോകണം ഒരു മുഷറും വേണം മുഷബറും വിഹിയും വേണം വരണം ഇയാളെ മുഖം നോക്ക് ചന്ദ്രനെ പോലെയാകുന്നു എന്ന് പറയുമ്പോ എത്ര സാധനം രൂടെ മുഖം അതാണ് മുസബ്ബഹ് ചന്ദ്രനാണ് മുസബ് ബിഹി അത് തസ്ബീഹ് ചെയ്യാൻ പോയിട്ടിട്ട് പ്രയോഗിച്ചത് എന്ത് വിഷയത്തിലാണ് ഇപ്പൊ ചന്ദ്രനെ പോലെയായത് വട്ടത്തിലാണ് നല്ല തിളക്കമുണ്ട് രണ്ടെണ്ണിക്കൂട്ട് അല്ല അപ്പൊ കൽ ഒമ്മ തസ്ബീഹാണ് നൂപ്പർ കൊണ്ടുപോയി തസ്ബീഹാക്കുമ്പോൾ മുഷബഹ് ഏത് ഏത് മറവൽ മറാതി പുൽ ഊര് മുഷബറാവലല്ല ഗുരുദിന്റെ വർത്തവ ഉമ്മനെപ്പോലെ വാദ്യം തസ്മിയാക്കാൻ അറില്ലെന്നാ പറയുന്നു അപ്പൊ എന്താ പറയുക ഈ മറാത്തിബൾ ഗുരുദിന്റെ വ്യത്യാസങ്ങൾക്കല്ല ഉമ്മീ ആ സങ്കല്പിക്കണമെന്നോ മുഷനെ സങ്കല്പിക്കണമെന്നോ ചാതി കൊണ്ട് പോകും മുഷബറിൽ മറാത്തിമിനല്ല മറാത്തിബിൾ തമ്മിലുള്ള വ്യത്യാസങ്ങളേക്ക് പോലെ ഉമ്മന് വാരി മുഴുവൻ പോലെ അപ്പൊ അത് മൂന്നും മൂന്നായിട്ട് വേണ്ടി ചല്ലോ നമുക്ക് ആകെ തസ്തിലാണ് രണ്ടാമത്താവസ്ഥാണ് ഉമ്മാണ ഈ രണ്ടിന് കൂടി പളായിട്ട് വേദാണ് മൗലൂരും ഇതേപോലെ മങ്കോസ് പോലും അല്ല സമദാരി പോലും അല്ല അതിന് മൗനീത അത് വേറെ ഒരു പിതാവ് ആ പിതാവിന് ഒരു ഭാര്യ അതായത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാതാവ് ആദ്യം ആ ഭാവിനെ ഒരു മൗനെടുക്കപ്പാ ആ തന്നെ ഏതാണ് മാധവാ ആദ്യം അബാവിനെ അല്ല ആദ്യാത് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഏത് ഹവാമി ഇതൂ കൂടി വന്നാണ് കുട്ടി ഈ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതുപോലെയുണ്ടോ അതുപോലത്തെ വ്യത്യാസമാണ് വുരൂദിനിടയിലുള്ള വർത്തവന്റെ ഇടയിലുള്ള വ്യത്യാസങ്ങൾ എന്നാണ് ഉടബം അപ്പൊ ഈ മർത്തവന തമ്മിലുള്ള വ്യത്യാസമാണ് മുഷബദ് മുസബ്ബഹ്ഹിയത് വാണിദ് ഉമ്മ മൊരൂത് എന്ന് പറഞ്ഞ അപ്പൊ എന്താകണം ഇവിടെ മൂന്നെണ്ണം പറഞ്ഞപ്പോൾ ബുജൂതിന് മൂന്ന് വസ്ത്രമാണം ഒരസ്ഥയും ഒരു പുറിയും ഒരു ബഹുമിയാക്കി കൊണ്ടുപോയി അഭയ കൊണ്ടപ്പോ കാടുകളൊന്നും ഒടുവിൽ പേര് ഉപ്പറ കൊണ്ടപ്പോ കല്ലുമ്മയും മുഷപ്പറയും മറ്റെന്താക്കി കൊണ്ടുപോകുന്നു രണ്ടു കറങ്ങുന്നുണ്ട് നോക്കാം മറാത്തി ആ അവരുടെ അറിവിൽപ്പെട്ടിട്ടുണ്ട് ഷൈൻ ഒരു വസ്തുവിനെ ശിവല്ലബുദ ഈ ഭൗതികമായ വധനുണ്ടല്ലോ ഈ ഭൗതികത്വം അതിന്റെയും അപ്പുറം അത് കൂടാതെ കണ്ട് ഒരു ഷൈനെ അവർ അറിവിൽപ്പെട്ടിട്ടുണ്ട് എന്തെ പേര് ഓടക്കാൻ അതിന്റെ പേര് പറഞ്ഞു അതുകൊണ്ട് അവിടെ ഊഹുണ്ട് എന്ന് അർത്ഥം ആലമു ഊഹാനിന് പേര് പറയപ്പെടുന്നൊരു ലോകം അതുവരെയാണ് നമ്മൾ ഉൾപ്പെടെ ഈ ഇരിക്കുന്ന ഈ കൊല ഈ തന്നെ ഉണ്ടാവും ചെലപ്പോ പക്ഷെന്തണ്ട് ഓറെ ശ്രദ്ധ പോകുന്ന ഈ പോക്ക് കല്പിന്റെ ബസീറത്ത് പോകുന്ന പോക്ക് നോക്കിയിട്ടാണ് ഓർ ഇപ്പോഴെ ഉള്ളതെന്ന് പറയുന്നത് ഇപ്പോ തന്നെ ഞാൻ ഞാൻ ഇങ്ങനെ എതിട്ട് എന്റെ തടി കളി എന്റെ മനസ്സ് അമുതാബിരെന്നു പറയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അതിന് അതിന് പറച്ചല്ല ഈ നാസൂതി തന്നെ ഓറെ തടിയും പക്ഷെ സുഹൂദ് പോയി പോയി പോയി പോയി അടുത്തേക്കെത്തി ആരും റുഹാനിലേക്ക് എത്തി അത് റുഹാനി ആ യോഗം ഏ ആ യോ അത് റുഹാനി എന്ന് അർത്ഥം വെക്കണ്ടേ ആ ബെർജയിലെ കുറിച്ചിട്ട് പോകുന്ന ഉപ്പപ്പ വെറ്റില്ലേ ഉപ്പ വെച്ചുണ്ട് എന്നിട്ട് കൊറേമല്ലോ പറഞ്ഞു പോലും എന്ന് ചോദിച്ച പോലും മെർജുണ്ടോ എന്നിട്ട് ബെർജയെ കുറിച്ചിട്ട് എന്നാലും പോക്കി അത് തനിയും കൊണ്ടേ പോകുന്നെല്ലാം പറയും പോലും അതുകൊണ്ട് ഇപ്പം ചർച്ച ചെയ്ത് നമ്മൾ വിശ്വമായി മറാത്തിബൽ റുജൂദ്ന്ന് പറഞ്ഞാൽ എന്താ ഹിയൽ അബാലിമുൽ തന്നാത്ത മൂന്ന് അവാദിമണ് ആരമിമിൽ ഒന്ന് മുൽക്ക് മലക്കൂത്ത് ജമറൂത്ത് ഈ മൂന്നെണ്ണമാണ് ആദ്യ പക്ഷെ ഒന്ന് ആദ്യം ഓർമ്മിക്കണോ ഈ മൂന്ന് തർത്തീപിൽ കൂടിയാണ് ബദാദിമാമിന്റെ തർത്തീബ് വേറെയാണ് നമുക്ക് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് ജുഹോ സോഫിയത്തിന്റെ ബോക്ക് വേറെയാണ് അതുകൊണ്ട് പഴം കിട്ടാവുന്ന പഴ തെരച്ചിലാ കാണുക റാൻ പാടില്ല ഇപ്പൊ മൂപ്പർ കൊപ്പിച്ചോടെ പോകാം മുൽക്ക് മലക്കൂത്ത് ജബറൂസ് അപ്പോൾ ഇതേല ആദ്യം ഇങ്ങനെ കിട്ടുമ്പോൾ ആദ്യം മുൽക്കായിരിക്കും രണ്ടാമത് മലക്കൂത്തായിരിക്കും ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ജബറോസ് അപ്പൊ ആഴത്തിലുള്ള രംഗമാണത് മൂബർ വാഷപ്രകാരം ജബറോസ് മലക്കൂത്ത് അങ്ങനെ നടുവായിരിക്കും മുൽക്ക് ഏറ്റവും താഴ്ന്ന ഈ ഭാഗമായിരിക്കും ഇങ്ങനെ തീമാർ കാണാം മുൽക്ക് മലക്കൂത്ത് ജബറൂസ് ിമാമിന്റെ പോക്ക് പോയാൽ മുൽക്ക് മുൽക്ക ഏകണ്ട് ജബറൂത്ത മലക്കൂത്തുല്ല നാഗൂത്തണ്ടല്ല അപ്പൊ ആറവ് നാലി അപ്പൊ ഓരോരുയും മുൽക്കിന്റെയും മലക്കൂത്തിന്റെ ഇടയിലുള്ള വാസക്തിയാണ് ജബറൂത്ത് എന്നാണ് അപ്പൊ ഈ ഇസ്ലാമി ബെച്ചി രാഗപ്പുൽ നമ്മളെ ജനാജിയെ കൊണ്ടു പോയി നോക്കണ നാസൂത്ത് ആണ് ഈ മുൾക്ക് അബിസ് മലക്കൂത്തല്ലേ برواغي سني بيكون يلمانكوتي منج لا اله وما تم بي إِلَّ اللَّهِ. <تصفيق> الا الله لا كنت بركو توقرن ان الله اذا ذاك نباذت سورك النجبروتي دي الله والله بينت ورنه لا توني او رفيس لم دي وقتها بيسوا ذكريها حوالين جل قومي يخذ وجودكم عالم اللهوتي ابو غزالي ما عندي ترتيب انا நான እንደገ ترتيب 와디 ബറൂത്ത് കഴിഞ്ഞിട്ടാണ് എന്റെ ആഹൂത്തുന്നത് അപ്പൊ ഹസാനിമാരെന്തായി ജനാജിക്ക് വ്യത്യാസം വന്നു ജബറൂത്ത് മലക്കൊന്നും അറിയിച്ചിട്ടല്ലോ ബുഹാർ യാത്രയിലേക്ക് പോയാൽ ഇവിടെന്തണ്ട് നാസൂത്ത് ഇവിടെ തന്നെ കൊണ്ടുവന്ന ആരമുൽ മുൽക്ക് തന്നെ ആലമുഷഹാലിട്ട് ആലമുൽ ബർസഹാൻ ഉണ്ടപ്പോന്നു പിന്നെ ആരമുൽ അർവാഹ കൊണ്ട പോകുന്നു അത് ഇതൊന്നും അഹമ്മദപ്പാറവത്ത് സർഹദി മാം എന്ന അസമുക്ക് ആലമുൾ മിസാദോ എന്നിട്ട് ഓറോന്നും കൂടിട്ടു എന്നിട്ടറിയുണ്ട് ഇതിന്റെയും ഈ ആരമുൽ മുളുക്കിലേക്ക് ഇറങ്ങുന്ന നമ്പർ വാസിക്കൽ മിസാദി അതിലാരും ഉണ്ടെന്നില്ല ലാഹൂത്തിലാണ് ലാഹോത്തിന്റെ ലവാസിയുമായിട്ട് അവരുണ്ടാഹൂത്ത് ആഹൂത്ത് ആഹൂത്തും എന്നാണ് പറയുന്ന ലാഹൂത്തിൽ എന്തൊക്കെ ഉണ്ടാവില്ലേ ലാഹ ലഹാണെന്ന് അബ്ബാഹുവിന്റെ അറമ്മത്ത് ജരാലത്തിന്റെ മുമ്പിൽ ആകട്ട ഹയ്യറായിട്ട് എന്താ പറയണ്ടത് എന്ത് ചെയ്യണം എന്നും തിരിയാതെ കണ്ട പറ്റ ലാരുന്നു അങ്ങനെ അവസരത്തിൽ അന്നേരാണ് ഒന്നും ചെയ്യുന്നില്ല അല്പ ഹാബൂത്ത് ലാഹൂത്തിന്റെ ലാജ്മ അവിടെ ഹാർന്നു മട്ട് കുത്തിയിരുന്നു ൂ വസ്തജീവിൻ ബഹം നോക്കിയാൽ ഈ നാസത്തിൽ ബഹമത്വം തന്നെയാണല്ലോ അപ്പൊ ഈ നാസുത്തിന്റെ ലാഹോത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലാഹോത്ത് എന്ന് പറയും എല്ലാത്തിൽ തൂക്കിയാലും അതിന്റെ സ്ഥലത്ത് എന്താണല്ലേ മലക്കൂറിന്റെ അജായിബുകളും ജബ്റോത്തിന്റെ അറായിസുകളും അഹമ്മത്തിന്റെ കേന്ദ്രങ്ങളാകുന്നെല്ലാം ഞാനിന്നു ചോർത്തിയെടുക്കാൻ ചെയ്യണം അബീദ് അള്ളാഹ്ല സിഫാത്തിന്റെ ലോകമേ ആകുന്നു അഹമ്മത്ത് അഹമ്മദ് സിഫാത്തിന്റെ ആലമായി അലമ സിഫാത്ത് സിഫാത്തിൽ നിന്നെന്താക്കിയത് അഹമ്മത്തിനെ മാത്രം അസീസ് ഹക്കീന് വരുന്നു അതോർക്കും വരാം പക്ഷെ നമ്മൾക്ക് വീട്ടേണ്ടതായിരുന്നു റഹ്മത്തിൽ നിന്ന് കിട്ടുന്ന റഹ്മത്തിന്റെ മുബാതകല്ലേ റഹമൂത്ത് ഏ അപ്പൊ നിന്റെ റഹ്മാനും റഹീമുമാകുന്ന ആമും ഹാസുമാകുന്ന റഹ്മത്തിന്റെ എല്ലാ മഴകളും എനിക്ക് ഈ കലാഫ് മുങ്ങിനെ ചോർത്തി കിട്ടണം എന്ന് പറയുമ്പോൾ ഉള്ളിലാണ് സിഫാത്തിന്റെ ഒട്ടാമയായിട്ടുണ്ട് ഈ ബഹ്മൂത്ത് രാസൂത്തിരിന്റെ അലാട്ടത്തിൽ നിന്ന് പ്രാധാന്യം എന്താക്കണം പത്ത് സിദ്ധിച്ച് അളവാകണം അതിന്റെ ബന്ധം കുട്ടികളെയാകണം ോട്ടാ ഈ അനാലിമോ സലാഹിന് വർത്തമല്ലുജൂദിന് മൂന്ന് വർത്തമ എന്തുകൊണ്ടായിരുന്നു ഈ അവാലിമിന് മൂന്ന് ലഹോ സലാദ് മൂന്ന് ഏട്ടിമാറാണുള്ളത് ഒന്ന് അദലിയുൻ അസലൂദ് അസലിലേക്ക് ചേർക്കപ്പെടേത് അസലായിരിക്കണം അദലിയെന്ന് പറഞ്ഞാൽ അത് അതിന് അച്ഛൻ കാണാൻ പാടില്ല അതിന്റെ അങ്ങ് അറ്റവും കറിയും അപ്പൊ ആരോ വിധിക്കും അന്നാവിന്റെ താത്തിന്റെയും അങ്ങനെ സിദ്ധാത്തിന്റെയും വഹുവ അതാണ് നല്ല നീലം ജന്തുക്കൾ ആരമ തക്വീയൻ തക്വിന്റെ ആരം ഇതിനെ തന്നെ ഇല്ല തക്വീന്റെ ആരോ ആണോ അന്നാഹ് പഠിച്ചിരിപ്പെടണം അപ്പൊ ഇത് ഏക കാണുന്നതായി പൊന്നെന്നുള്ള അന്നാഹുന്റെ പഠിപ്പിപ്പടട്ടെ അന്നാന്റെ താത്ത സിബാധ ഒന്നാമെ വക്കളൂക്കല്ലല്ലോ ആനമത്തീൻ ഇത് പുറത്താണ് അപ്പൊ അതിന് ശേഷമുള്ള എന്താക്കും തക്വീനി ൂഖ് എന്നൊക്കെ പഴയ പേരും പറയുന്നു ഇച്ചാ മൂന്ന് ആലമുൽ അമ്രു എന്ന് പറഞ്ഞാലും ആലമുൽ റൈബ് എന്ന് പറഞ്ഞാലും ആലമുൽ ജബറൂഖ് എന്ന് പറഞ്ഞാലെല്ലാം തന്നെ മറ്റുതന്നെ ബദാനി ബാബിന്റെ ആലമുൽ അമ്രു അക്റൂഖത്തിലെ വിടുക പഞ്ചേന്ദ്രീയങ്ങളെ കൊണ്ടോ അക്കലെ കൊണ്ടോ ഇസ്രാഖിന്റെയും അപ്പുറം ഉള്ളതിനെന്താ പറയും ആലമുൽ അമ്രൂ എന്നാണ് അപ്പൊ കൊല്ലിർ മോഹം ഇന്നാം എന്തിനാ ആരം മുല്ല അമ്പതിൽപ്പെട്ട ഒരു ഭാഗമാകുന്നു അപ്പൊ പഞ്ചായ്മ രേഖകളെ കൊണ്ട് കാണാൻ ഇതിലാക്കും കഴിയൂല ബുദ്ധിക്ക് വാങ്ങി മനസ്സിലാക്കി തരാനും കഴിയൂല ബസീറത്ത് വെച്ച് വാങ്ങു പറയേണ്ടി വരും ബസീറത്ത് കൊണ്ടാകുമ്പോക്ക് അറിയുമല്ലോ ബസീറത്തിന്റെ കാഴ്ച കൊണ്ട് എന്താക്കും ആരംഭ മാത്രമല്ല അള്ളാഹി തന്നെ ഇരിക്കുമല്ലോ വൈബിന് തന്നെ തിരിച്ചു ഇനി രണ്ട് പറയായ മറ്റൊരു വജുദ് അത്തരം വന്ന് വന്നത് ബഹുമാൻ നൂറു അതേതാന്ന് ഒരു നൂറാ അതിൽ മൊത്തം താത്തിൽ ജബറൂ നേരത്തെ ജബറൂത്ത് ഏതാ അപ്പറമാക്കിയത് ആ ജബൂത്തിന്റെ ബഹരിൽ നിന്ന് തെറിച്ച് വന്നത് അതിൽ നിന്ന് ഒരു തഞ്ചി പൊറിച്ചു വന്നത് ചേർത്താൽ തെറിച്ച് പോയ തുള്ളികളെ താഴത്തേ ഉള്ളൂ ചിലർ പറയല്ല ഓരെല്ലാം പാടിച്ച് മാറ്റോന്റെ പേരിൽ നിന്ന് ബേറി പോലും മാത്രമാണ് ഇപ്പം അതിനകത്ത് എന്താണ് അത്രയും അധികം ഉണ്ട് വലിയ ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടെ കുറച്ചേ ഉള്ളൂ എല്ലാം തന്നെ ഈ വജൂതും പുറയ്യനാണ് മനസ്സിലാക്കുന്നത് മലക്കൂത്തും മുൽക്കോക്കി തിരിക്കുന്നത് അത് എത്തിപ്പറഞ്ഞ വ്യത്യാസം ഈ വാഹിതം മാത്രം കാണുന്ന ചുറ്റുപാടാണോ എന്ന മുൽക്കണംഹിൻ ഇതിന്റെ അപ്പുറം മറ്റൊന്ന് കൂടി എന്തായി അത് മൊത്തത്തിൽ മലക്കൂത്തായി ഇതിന് ഇതിനു ഉപയോഗപ്പെടുത്തി എല്ലാം കൂടെ ഒറ്റക്കിറുപ്പിലാക്കിയാണ് ആകെ ജപകൂത്തി കംപ്ലീറ്റ് ബദാനിന്റെ വക്കാമിലെന്താകും ജബറൂത്ത് ആയിരിക്കും കംപ്ലീറ്റ് ഉണ്ടാവുക പറയാവുന്നതിനെ കാണുന്നില്ലല്ലോ ബക്കാരിന്റെ വക്കാമിലായിരിക്കും മുജൂത് പുറയിണ്ടാവുക മുജൂത് പുറ ഇതുകൊണ്ട് നൽകുന്നു ചുരുക്കത്തിൽ ഈ സാധനം ഈ സാധനമായി കാണുന്ന അവന്റെ ചെറുത ആരെങ്കൂൽ മുൻക്കിലാണ് ഈ സാധനവും മാത്രം നടന്നിരുന്നാൽ ആരെങ്കിൽ മുൻക്കിലാണ് പക്ഷെ ഇത് ഇരുമുളക് കണക്ഷൻ കൊടുക്കുമ്പോൾ അതിന് വളക്കൊത്തുനിന്ന് കഴിഞ്ഞുവരുന്നു ഇതിൽ നിന്ന് തെളിച്ചുകൊള്ളതാണ് എന്തുള്ള വിലവർക്കും മതണ്ടാക്കുന്നത് അലമുൽ വർക്കൂത്താണ് എന്റെ പേരുമാണു ഇതിലേക്ക് മാത്രം നോക്കിയ ജബറൂത്ത് ഇതിലേക്ക് നോക്കുമ്പോഴേക്ക് ഇത് ഇതെല്ലാം തായി അവന്റെ കാഴ്ചയിൽ നിന്ന് മറ്റം അറിഞ്ഞുപോയ അമ്പളി ജബറൂത്തിന് മുമ്പില് അതല്ലേ അവരെന്താക്കി മലത്തിലാക്കി അന്നേരം കമ്പ്ലി നമുദ്ധരിക്കും ബക്കുല്ല മാതാക്കൾ ആലമത്തക്വീൻ ആ അലമത്തക്വീൻ എന്നിട്ട് ലസീഫായ സാധനം കൊണ്ട് കസീഫുകൊണ്ട് ലസീഫ് എന്നാൽ അറുവാത്തിലെ പോലെ കണ്ണോട് നോക്കിയതാണെന്ന സാധനമല്ല കസീഫ് എന്ന മല പർവ്വതം ഇതിലൊക്കെ കസീഫല്ല ജസദുള്ള സാധനം എന്തായിക്കോട്ടെ എന്തോ ആയാലും ഇത് തന്നെ രണ്ടാമത്തെ ഈ ആയ ഉരുതുകാവും എന്ന കാര്യ പേരുണ്ട് പേര് പറയുമ്പോൾ അതിലേക്ക് മുസ്തകിക്കായിട്ട് അസലുമായി കൂട്ടി അസലി ജവ് അതുമായി ചേർത്ത് വായിക്കുമ്പോൾ ആരമൽ മലക്കൂത്ത് പേരായി എല്ലാം ഇതിൽ നിന്ന് അകറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒഴിവും വഹിമിയായി മാറി സ്വന്തം നിലനിൽപ്പും കണ്ട് ദിവസം അന്നേരം അതിന് ഇത് പോയത്തന്നുള്ളത് പത്ത് മുതലായി പോകുന്നു അതാണ് ബഹുമൂന്നാമത്താണ് ബഹുമായ വുജൂദ് അതെന്താ ബഹു മഹൽ ബഹുർമുഫാത്തിൽ ഇലാഹിയ ഇലാഹിയായ കസൂർമുഫാത്തിന്റെ ബഹൂർ വെളിപ്പെടുന്ന സ്ഥലങ്ങൾ ഇലാഹിയ കസൂർമുഭാത്ത സ്ക്രീം പോലെ ഇവിടെ കാണേന്നു ഇത് ബഹുമിയായ വജൂദ് മാത്രമേ ഉള്ളൂന്നാ അത് അവിടുന്ന് എന്താ സ്ക്രീമാനുസരിച്ച് ഇവിടെ മാറി മാറി മാറി മാറിക്കൊണ്ടേ നിൽക്കും ഇപ്പൊ സുഖാർന്ന വരുമ്പോൾ കുറച്ചൊക്കെ വന്നതാണ് ഇപ്പം ഇതിന്റെ ദുഃഖമാണ് നൈമിഷക്കും മറ്റേ മാറിക്കൊണ്ടിരിക്കും ഈ ബഹുമായ വിജയത്തിൽ ഒരാൾക്ക് ഒരേ സാധനം സന്തോഷം എന്ന് പറയുമ്പോൾ മറ്റേ ആൾക്ക് അതേ പേടിയിൽ തന്നെ മറ്റേ ആൾക്ക് ദുഃഖം കഴിക്കും പെട്ടെന്ന് തണുപ്പ് കുടിക്കുന്നൊരു മനുഷ്യന് ഈ ഫേന കേട്ട് നല്ല സുഖാന്തായിട്ട് അവൻ ഇട്ടു ഇവിടെ തന്നെ പറയാ തങ്ങളോ ഞങ്ങൾ താങ്കൾ പറയുന്നത് ഞാൻ ആ ചൂട് നിക്കാൻ കഴിഞ്ഞില്ല നിക്കണം കഴിഞ്ഞില്ലാന്ന് വെച്ചിട്ട് പച്ചത്തിൽ പോയി മുങ്ങി നിൽക്കുന്ന മുണ്ടല്ലിട്ട് മേത്തിരുന്നു എനിക്ക് ഈ ഫാനിന്റെ കാറ്റോ നമുക്ക് ഒരേയും ചെറു ദിവസം കുളിച്ച് ഞാൻ പറഞ്ഞു ഫാൻ ഓഫ് ആക്കുന്നു അപ്പൊ എന്താ ഈ ഫാൻ്റെ ഈ തിരിച്ചടി സുഖമാണെങ്കിൽ തന്നെ പിച്ചിട്ടെ ബഹുമി ആണോ അത്രീ ആണോ തെഹത്തിക്കുള്ള ബഹ്മിയാണ് എന്തുകൊണ്ട് മഹമിയായി എനിക്ക് ഓഫാക്കി ആ സുഖം നിറയുമ്പോൾ അതേ ഓഫാക്കി താങ്കൾക്ക് ദുഃഖായി അതാണ് മുന്തേണ്ടി വന്നത് ഇപ്പം വേണ്ട റസാക്കാൻ തന്നെ വലുപ്പിച്ച് താങ്കൾക്ക് വേണ്ടി പേരിട്ടൊക്കെ ആക്കെ ഞാനവിടെ പോകേണ്ടി വരും എനിക്ക് സുഖമല്ല അപ്പം മനസ്സിന്റെ വഹുമരിച്ചിട്ട് ഏറ്റിമാറികൊണ്ട് മാറി മാറി വരുന്ന കുരുതാൻ സാധനം ഇപ്പം നല്ല ചൂട് പോണോ നല്ല തെയിലും ചൂടും പോണോന്ന് പറയുമ്പം ഒപ്പനുണ്ടാവും കുളിക്കാൻ പള്ളി കൊണ്ടാണ് മറ്റോ പറഞ്ഞു പഠിച്ചോടെ ചർച്ച മഴ വീതങ്ങൾ തിരക്കി പിടിച്ചു അത് അതെ ഒരു സായിയായ സ്വഭാവം ഇല്ല ഈസിന് അനുസരിച്ച് മറികൊണ്ടേ നിൽക്കുന്നു ഇന്നലെ ആള് വാർത്തിട്ടുണ്ട് മോദിക്ക് ഓപ്പി അറിയിക്കാൻ പക്ഷേ നാളെ മഴ കഴിക്കേണ്ട വാർത്ത നിലക്കാണ്ട് കഴിഞ്ഞല്ല മാറ്റോർക്ക് കടകോടിയിട്ടുണ്ടാവും മണ്ണോണ്ട് ആള് നാഴ്ക്ക് കഴിഞ്ഞു പോന്നിട്ട് മറ്റോക്ക് പോടിയോ പക്ഷേ മഴ കഴിക്കല്ല കണ്ടാ കടകർക്ക് സുഖാ ദുഃഖമാണെങ്കിൽ മറ്റോലിക്ക് സുഖം ബഹുമീയാണ് രണ്ടാലും അള്ളാഹി അറക്കിട്ടുണ്ട് അച്ഛനെ ഞങ്ങൾ അതോടൊപ്പം ഋത്വില്ലല്ല അപ്പൊ ഈ വറുമ്പില് ഈ മാറി മാറി മാറി തായി സ്വഭാവം മാറിപ്പോ പക്കീർത്തരം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടി വന്നു അല്ലെ പക്കിത്തരം അതാണ് വാണ്ടിച്ച് പോസ്റ്റിഫി അയച്ചിട്ട് ചിന്തിച്ചിട്ട് വാങ്ങുകയാണില്ലേ അപ്പൊ മനുഷ്യന്റെ ഈ തസ്സുഫാത്തിനിര ഈ കമ്പനി വെറും വഹി അയച്ചാ പോകുന്നു ഈ ദുരി നടക്കുന്ന മിക്കവാറും ഈ ദുനാവിന്റെ ആരംഗതി ഒന്നല്ല ചുഴ്ച അത് തന്നെയായിരിക്കും ദുഃഖം എന്തൊരു കൊസ്റ്റാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓഞ്ഞോണ്ട് പാടവെടുത്ത് പാടമായിട്ട് മാനസികമായ ടെൻഷനെത്തിച്ച ദുഃഖത്തിന്റെ കൈനാണ് അണ്ടോ ബഹുമി ഈ പറയായ ബഹുമി അതന്നെ തസറുഫാത്തിൽ ഇലാഹിയെന്ന് പറഞ്ഞതിന്റെ ഭയാനാണേ മുത്തമാലി ജലാലിത്തിൽ ജമാലിയ തസറുഫാത്തിൽ ഇരാഹിയത്തിൽ എന്തുണ്ടാകും ജലാലിയുണ്ട് ജമാലിയുണ്ട് നമുക്ക് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാകുമ്പോ ജല ജമാലിയായി നമ്മക്ക് അലോചകമായി തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ ജലാലിയായി കബർ ബസ് അപ്പൊ അതിന്റെ രണ്ട് ശാഖകളാണ് അഫ് അപ്പൊ ഇജ്മാലിന്റെ തസ്സിൽ എന്ന് പറയുന്നത് അത് തന്നെയാണ് അവന്റെ ജലാലിയും നീ ചെലർക്ക് കൊടുക്കും കൊത്തുപോയി രാജിക്കണം അന്നേക്കൊന്നുണ്ടാവും റഷ്യ അമേരിക്കയും കൂടെ വന്നിട്ട് അത് പഠിച്ചിട്ട് ഏതോ മാറിപ്പോയി വിളിച്ചിട്ടുണ്ടായി ഇന്നുള്ള പണക്കീർ നാടെ പണക്കാരും ഇന്നുള്ള പണക്കാരൻ നാടെ വെറും അതിന്റെ പേര് അന്മാർ ആരം കൂത്തുന്ന ആരം നാടായി അച്ചടി കൊറവാണ് വൈത്തമ്മ ആരം അതിന്റെ പേര് ഇത് ഭൗതികലോകം ആരമുൽ അപ്പൊ ആലമുൽമുൽക്കു എന്ന് പറഞ്ഞാലും ആരമുൽ ഹിക്മത്ത് എന്ന് പറഞ്ഞാലും ആലമുൽ നാസൂപ്പ് എന്ന് പറഞ്ഞാലും എല്ലാ ഗോമിയെല്ലാം ഈ കാണുന്ന ലൈനികമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ മുൻപടി അപ്പൊ മായ കരണ്ടുണ്ടാ ഇന്ദു എന്ന് പറഞ്ഞാൽ കിട്ടുന്ന കരണ്ട് കുളിച്ചു ഇല്ല ഇന്ദു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്ന് അപ്പൊ പുറകിയായ കുജുതിന്റെ സ്ഥാനം കൊടുക്കണമെങ്കിൽ അതിലേക്ക് ചേർക്കണം അപ്പൊ ചൊറുതണ്ടോ ഉണ്ട് ഏത് കുജൂത് പുറകിയായ കുജുദനുണ്ട് കനിച്ച ബഹുമി അല്ല അത് തനിച്ച ബഹുമിയായി കൂട്ടിക്കൂടാം അത് അൽ അവാാലിമ് അറുഭാഗത്തും അവാളിമ് നാലെണ്ണ ഇപ്പൊ മൂന്നായിപ്പു ആരമുൽ ആരമുൽ വൈബ് ആരമുൽ മലസൂർ ആരമുൽ ജപുറൂത് നാലുണ്ടാക്കി ഒന്നാമത്തേത് ഏതാ ഒന്നാമത്തേത് ആരവുൽ മഹസൂർ പഞ്ചേന്ദ്രങ്ങളെ കൊണ്ട് ഏതെങ്കിലും ഉണ്ട് കിട്ടാവുന്നുണ്ട് കസായിബോട് നോക്കിയാൽ കാണാവുന്നത് ആരവുൽ ഷഹാദ് വിളിച്ചറിയാൻ കഴിയുന്നത് അപ്പൊ ഞാൻ ഈ ഗ്ലാസ് നോക്കിയാൽ കാണുന്നു ഷഹാദിയാണ് പിന്നെ ശബ്ദം ഇതിന് പുറപ്പെട്ട ശൗട്ടേത ആരമുശ അഹത്തിൽപ്പെട്ടതാണ് പിന്നെ രുചി നാമോട്ട് കിട്ടുന്നതാണ് പിന്നെ ചൂട് തണുപ്പ് പ്രവർത്തിച്ചാലറി എല്ലാ ആരമുശ അഹത്തിൽപ്പെട്ടത് മത്താനി രണ്ടാമത്തേത ആരമുൽ അല്ലേ കൽ നത്തായി ഐബുമായി ബന്ധപ്പെട്ടല്ല തീപായ സാധനങ്ങളെ പോലെ കൂട്ടത്തിൽ ഈ പറയപ്പെട്ട മുഴുവനും മലക്കൂത്തിന്ന് കാണുന്നുണ്ട് അത് തീരെ യോജിപ്പിക്കാൻ മടങ്ങിയാന്ന് ഇതെല്ലാം ആലമുൽ മലക്കൂത്തിപ്പെട്ടതാണെന്ന് ദാസിലാണെന്നു പറഞ്ഞു തോന്നിയിരുന്നു അതിനൊരിക്കും ആലമുൽ മലക്കൂത്ത് പറയാൻ പോന്നു ആലമുൽ മുൽക്കിന്നെ അവൈബ്യം തന്നെയാണ് ആലമുൽ മലക്കൂത്ത് മൂന്നാമത്തിൽ വരാൻ പോകുന്നില്ല ദാസിലായിട്ടില്ലല്ലോ അതിന്റെ താഴെ അല്ലേ അപ്പം നാഗനൊക്കെ ആലമൽ മുലുക്കിയും സുമറായിത്തെ ബാലൻ ദിവസങ്ങൾ കഥാലിക്കൽ മകന്റെ ആഴ്ചയാണ് ആലമൽ മുലുക്കിയും ആക്കിയ തിരക്കളില്ല എന്ന് തോന്നി അപ്രകാരായി കാണുകയും ചെയ്തു എന്നാൽ മുഴുവൻ ഈ ലത്ത വായ്പ ആലമൽ മുലുക്കിൽപ്പെടാങ്കിൽ ദാസിലാകുന്നതെങ്കിൽ ഏകാണെന്ന് െ വൂന്നാ അതാ പറഞ്ഞ റൈബ് തന്നെയല്ലേ പക്ഷെ മറക്കപ്പെട്ട മസാഫത്ത് കൊണ്ടോ കഥാപത്ത് കൊണ്ടോ മറ്റും ശരിക്കുന്ന കിന്ന റൈബല്ല റൈബിന്റെ സ്വഭാവം എന്തൊക്കെ ആഹാരത്തുണ്ട് മസാഫത്ത് കൊണ്ട് മറക്കപ്പെട്ടതുണ്ട് കഥാപത്ത് കൊണ്ട് മറക്കപ്പെട്ടത് ലത്താഫത്ത് കൂടിയാലുണ്ടാകുന്ന ബസത്തുണ്ട് ലത്താപ്പത്ത് കൊണ്ടും തത്താപ്പത്ത് കൊണ്ടും മസാപ്പത്ത് കൊണ്ടും തത്തുറായ ചാദത്തിന് ഉദാഹരണത്തിന് ഇവിടുന്ന് മക്ക കാണുന്നുണ്ടോ ഇല്ലയോ എന്നിട്ട് കാണാതെ കൈപ്പായതുകൊണ്ട ആലമുശ്തിപ്പെട്ട ഒന്നാമത സാധാരണ അവിടെ ഉള്ളത് കാണുന്നുണ്ട് പക്ഷെ മസാപ്പത്ത് കൊണ്ട് ദൂരം കൂടിയപ്പോ നമ്മളെ കാണിന്റെ കാഴ്ച ആ പ്രാവശ്യം അവസാനിച്ചു പോയതുകൊണ്ടാണ് ആലത്തിന്റെ നേരം രൂമ ആ റൂമിൽ വെച്ച വെട്ടിയോ തൂർക്കൈസോ ഇത്തവ ഭാഗങ്ങളൊന്നും കാണില്ല ഇല്ല മസാഫത്ത് ഒന്നും ഇല്ലാന്നരുന്നോക്കെ തന്നെ കാണാൻ ഇല്ലേ ഉള്ളൂ പക്ഷെ കഥ അടുന്നുണ്ട് കഥാപത്ത് വന്നിട്ട് അവിടെ ചുമര കൊണ്ട് മൂടിക്കളഞ്ഞുകൊണ്ട് കാണാത്തത് കത്തോത്രുമൊന്നും അല്ലെ ഇവിടെ ഇന്നുണ്ട് വായുണ്ടോ ഇല്ലയോ മസാഫത്വില്ല കഥാപത്വില്ല ലത്താഫത്ത് മൂടിയോണ്ട് കാണില്ല അപത്തുകൊണ്ടെല്ലാം മറക്കപ്പെടലുണ്ട് ലത്താഫത്ത് കൊണ്ട് കഥാപത്ത് കൊണ്ട് മസാഭത്ത് കൊണ്ട് മൂടപ്പെടുന്ന അല ഉശ്ശാഹത്തിൽപ്പെട്ട സാധനത്തിലല്ല കൈവല്ല ഇപ്പൊ ജിന്നിരവിടുന്നു ചിലപ്പോ ജിന്നിട്ടു തന്നെ ഉണ്ടാവും പുറത്തേക്കാൻ മുതലുണ്ടാവും ചിലപ്പോ പക്ഷെ രതാപത്ത് കൂടിയ കാരണത്താൽ ഈ കണ്ണിന് കാഴ്ച കൊണ്ട് കാണാൻ കഴിയാത്ത അവസ്ഥ വന്നു കഴിപ്പെട്ട ഞാൻ മലയിക്കത്തിന്റെ കാര്യവും ആറുവാഹങ്ങളെല്ലാം കൊടുത്തിവിടാം അപ്പൊ തനിച്ച വൈബ് എല്ലാം തനിച്ച ജഹാതസ്വല്ല ഉം അല്ലേ മൂന്നാമത്തെ നാല മുതൽ മലപ്പൂത്തൽ എണ്ണിയ വഹുവ അതെന്താ ജം ലിഹാദ് ഹിൽ അഷിയായിഹാദ് ഈ പറയപ്പെട്ട അഷിയുണ്ടല്ലോ ഷഹാദത്തിന്റെയും റൈബിലേയും കൂടെ സാധനങ്ങൾ എന്താക്കുക ജമാക്കിയിട്ട് ഈ ഷഹാദത്തിൽപ്പെട്ട സാധനങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അറ്റിയാക്കി വറച്ചു കഴിഞ്ഞാൽ എന്തായി മൊത്തത്തിൽ കൂട്ടി വഹിച്ചാൽ മലക്കുകൂട്ടുന്നു അതിന് ഉദാഹരണം പറഞ്ഞു നമുക്കിപ്പോ ദേശീയ പതാക എടുക്കും ദേശീയപത ഇതെന്ന ഈ കളം എന്തെന്ന് പച്ച മുള്ളി എന്തെങ്കിലും പറയും മൂന്ന് കളർ പറ മൂന്ന് ചോപ്പ് നടുക്കുന്നതല്ലേ വെള്ള താഴെ പച്ച അപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ റുമ്പി പോകുമ്പോൾ ഞാൻ പച്ചയിലായെന്ന് പറയാം അവൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വള്ളിയിലേക്ക് മാറിയിരിക്കുന്നു പറയും കുറച്ചും ചോപ്പിലേക്ക് മാറിയിരിക്കുന്നു ഊറുമ്പേ നീയങ്ങ് മാറിയിരിക്കും ഞാനൊന്ന് നോക്കട്ടെ എന്ന് മൂന്നും കൂടി അച്ച ഈ എറി വറ്റിയാണ് നമ്മളെ വായിച്ചത് അപ്പൊ റൈബ്മാരെ ഷഹാദത്ത് മാറേ രണ്ടും രണ്ടാക്കി തിരിക്കാതെ കണ്ട് ഒറ്റയായിട്ട് ഇങ്ങനെ കാണുമോ മൊത്തത്തിൽ എന്താ പറയാ തലപ്പിന് കൂട്ടിക്ക് വച്ചാൽ മലക്കൂ എന്നിട്ടോ തെഹത്തി സുഹൂദ് അതില് സുഹൂദ് തഹജീകാക്കിയും പോണു റൈബിനും ഷഹാദത്തിനും വേറെ വേറെ തഹജീകണ്ടാവും നമ്മിപ്പോ മഴയം മറക്കുമ്പോൾ കാണാല്ല കുറെ മഴകൾ വരെ അധികം വരച്ചിട്ടുണ്ടാവും കുറെ മഴ എപ്പോ നിലനിർത്തേണ്ട അതേ തൊട്ടുള്ള പ്രതീക ഭൂമിയിലേക്ക് വരാൻ പോകുന്ന ചുമരന്റെ പ്രതീകാന്ന് ചില ചുമരുകൾ ചെറുതെല്ലാം വെട്ടിട്ടും അങ്ങോട്ടും വായിക്കും അപ്പോൾ നമ്മൾ എന്താക്കും അതിലേക്ക് ചുഹു അസീകാക്കി മാറ്റി വായിക്കോളാം എന്ന് പറഞ്ഞ മാതിരി വേണ്ടതേയും വേണ്ടാത്ത ഷഹാദത്തും കൈമും മറ്റും മുത്തത്തിലേക്ക് കിടക്കുന്ന സാധനത്തിൽ നിന്നുണ്ടാക്കണോ റൈമിനായ കാര്യങ്ങളിലേക്ക് പ്രത്യേക ചുഹു നോക്കുക സ്ഥാപിക്കപ്പെടുന്നുണ്ട് ഒറാദിയും നാലാമത്തേത് ഏതാണ് ആരവു ജൂത്തല്ലേ അലഞ്ചബുറൂത്ത് അത് ഹു അല്ല അലമത്തു അസനിയത്തുല്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ആലമു തീ പുറത്ത് ഹലോത്തുല്ലാഹിയുമായി ബന്ധപ്പെട്ട ജബറൂത്ത് ഈ ജബറൂത്തിനിയാണ് ചിതം താങ്കൾ രാഹുത്ത മറ്റെല്ലാം ഇങ്ങോട്ടും വിട്ടു ഹാദിഹിൽ മറാത്തി ഈ പറയപ്പെട്ട മർത്തവയിലാണ് ഇതേ കൽബ് കൊണ്ട് സേത് ചെയ്യുന്ന ഇതിൽ കൂടി ആ തറക്കി ഉണ്ടാവില്ല ഉണ്ടാവില്ല നമ്മ ശരീരം കൊണ്ട് യാത്രയും അതിന്റെ ചെരുപ്പം വിട്ട് ആ അതിന് അടുത്ത് തളിപ്പാമ്പ് തളിപ്പാമ്പ് പെട്ട് അതിന് അടുത്ത് ബത്തളം കുറ്റിക്കൂര് ധർമ്മശാലങ്ങനെ അവിടെ പോയിട്ട് പുതിയ കണ്ണൂര് കോഴിക്കോട് അങ്ങനെ പോകുന്നു ആ ശരീരം കൊണ്ടുള്ള മാറ്റം ഇതോ ശരീരം ലോകത്തിന് മാറ്റമില്ല കമ്പിന്റെ സുഖത്തിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സഫർദർവത്തൻ എന്താ പറഞ്ഞത് സഫർദ്ദർ വൻ എന്ന് പറഞ്ഞാൽ എന്താ ബത്തനി തന്നെയുണ്ട് പക്ഷെ സഫർ വേണം എന്താണ് ഏത് സഫർ ബസനിൽ ശരീരമുണ്ട് മനസ്സുകൊണ്ട് ആ സഫറു സഫറുട്ടോ പയർത്ത കൂലമിൻ ആലമിൽ മുൽക്കി ആലമുൽ മുൽക്കിയില്ലെന്നവർ കരകേറി അനാമുൽ മുൽക്ക് ദുൽമാനയ്യേ ഹൈസേ കൊണ്ട് സാമാന്യമായി ബുദ്ധി കൊണ്ടെല്ലാം കണ്ടെത്താവുന്നതും ഹിസ്സിയുമാണ് ദുൽമാനീയം إذن مالذيبون كتبت تيزن الله فالما رفضو الى طائقل يوم وهميوان نايميشيكما يبدو تيكيوروم إلا آلم الملقوتين يكيوروم الذي هو نورالي ملقوتين أفضل يكيوري ثم يترقون إلى آلم الجبوت الذي هو أصلي أزليين مونو بڑيقال إليه فإذا ممو الوصول إلى الفرور وصول على الله من ذلك الفرور يكيوروطا إذا أصول ആദ്യം ജബറുത്ത് ഏറ്റവും അച്ഛനൊരു ദിവസവും വരും അതിന്റെ പുറ ആണ് ഇത് ഇതിലേക്ക് ദിവസത്തെ ഇത് അതിന്റെ പുറ അപ്പൊ ഉസൂലും പോകൽ ചന്ദ്രങ്ങൾ കൂട്ടി വയ്ക്കുക കൂട്ടി ചങ്കുമ്പോൾ ജമീവ ജബറൂത്തൻ അവനെ സംബന്ധിച്ചിടത്തോളം കമ്പ്ലീറ്റ് ജബറൂത്ത് ആണ് ഓരോ കമ്പ്ലീറ്റ് പനാഗ ഉണ്ടാവില്ല കമ്പ്ലീറ്റ് പനാഗായി കാണാനില്ല അത് എല്ലാം കൂടെ കൂട്ടുമ്പോ ആലമുഹി അല്ലാതെ അപ്പുറം പറഞ്ഞ വഴിയില്ല അപ്പൊ ഒന്നാമത്തെ വഴി കൂട്ടി അയച്ചില്ല എന്തൊക്കെ കല്ലുമ്മി വായിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉമ്മി പ്രത് കയറി മുതന്നിഫ് തങ്ങൾ പറഞ്ഞല്ലോ കല്ല്മീൻ അതാണ് ഇതാ ിൽ പറഞ്ഞ തസ്ബീനെ തൗദി ഹാണ് പാഴേ ഹി ബു മുഷ് തസ്ബി എല്ലാം വിശദീകരിക്കുന്നത് തസ്ബി കൽഒമ്മി തസ്ബി ഹാക്കുമ്പോൾ മുഷബഹ് വേണം മുഷബഹ് ബിഹിയുടെ പറഞ്ഞു വധൂഷബും വേണം പറയട്ട് എന്തെല്ലാം പറഷബവും പറയണം വജു ഷബവും പറയണം മുസബ്ബ് ബിഹി പറഞ്ഞു അപ്പൊ പറഞ്ഞു അരിബും അപ്പൊ എന്താക്കി അതിൻ്റെടയിൽ വ്യത്യാസം മനസ്സിലാക്കി ആ വ്യത്യാസം ഏതുപോലെ വാരി ഉമ്മ ഓരോ എന്നുള്ള വ്യത്യാസം പോലെ ഇരിക്കുന്നു അപ്പൊ മുസബ് ബഹാനാണ് സമീപിച്ചോട്ടത് ആ ിഹീടാ അങ്ങനെയുണ്ട് പോയത് അപ്പൊ മൂന്ന് മൂന്ന വയഹത്തമ്മിലും അഞ്ഞക്കൂര തശ്മിഹ് മിന്നയിപ്പിൽ ഈജാദ്ജാത ദുഹൂറിന്റെ മാത്തിൽ കൂടി തശ്മിഹാകാന്ന് അപ്പേത് പോയി പറവപ്പൂന്നില്ലെല്ലാം പോയി പുറത്ത് കാലിൽ മോജൂദാണോ ഈ തസ്സിണോ എങ്ങനെ പൈൻ ആലമുൽ ജഗുതി സബബോ ഈ ദുഹോരി ആലമിൽ മലക്കൂത്ത് ആലമൽ മലക്കൂത്ത് ഉണ്ടാകുന്ന സബം ഏതാണ് ആലമുൽ ജബുറൂത്ത് ആണല്ലോ എന്ന് പറഞ്ഞ മാതിരി ബാപ്പയാകുന്ന ജ്ഞാനങ്ങളാണ് ഈ പൊന്നുണ്ടാകാനുള്ള പകല് ആത്മാർച്ചാണു സബബൃന്ദെ ഒരു രണ്ടാളും കൂടി മഞ്ജുമൂരിൽ നിന്നുണ്ടായാണ് ഏതായാലും അവർ മക്കളും എന്ന് പോലെയാണ് അവ വ്യത്യാസമൊന്നുമില്ല അതിന് ബുദ്ധിമുട്ട് ബഹു ആശുപൈ അപ്പൊ ആനു ജബൂത്ത് വാല്യത്തിനോട് ശവാഹത്തായി وعالم عالم മുതലായവന്റെ മഹലാണ് മലക്കൂ നിങ്ങ നേരത്തെ പറഞ്ഞ അസം ആലമുൽ മലക്കൂക്കിന്റെ പക്ഷെ ഇത്രയും സിഫാത്തൊലി റഹ്മുന്നു ഈ ജപോത്തിൽ നിന്നുള്ള ഇതെല്ലാം ഇങ്ങോട്ട് പുറത്തു വേണമെങ്കിൽ മലപ്പൂർത്തിയായ വസൂടിയേ വരുള്ളൂ അള്ളാഹുവിന്റെ പുതറത്ത് പുതറത്ത് ഇറാദയാതലായ മജുമാക്കാണല്ലോ അവിടെ ആത്താദിനുണ്ടായിത്തീരുന്നത് അതിലേക്ക് നോക്കി ബഹു അശ്വഹുണ്ട് ജപാത്തായി ഈ തർബിയത്തിൽ വലത് വലതിന്റെ തർബിയത്തിന്റെ വിശേഷത്തിൽ എപ്പോ കബരൂഹോ ഈ ഇത് വന്നതിനു മുമ്പ് വന്നതിന് ശേഷം وعالم الملكوت قد ابتدأت أي وهو محل روح وذو صفات ذاته أثار قدرته الذاتيه فهو, فهو شبه شيئين بالولد الذهني بينهما بدايه ما ذا بينت لك ونزلت هذا هو قلت في موئماط الوجه وهو ربما يدل حديث عن خلق يا الله وأحب الخلق لل لله فهم لي عياله إن حديث بذلك توثيقننده ذاوي പടത്തുകളെല്ലാം അമ്മാറിന്റെ അയ്യാന്ന് പറഞ്ഞാൽ അമ്മാറിവിന്റെ നിലപോട്ട് ഇന്ന് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ട് കഴിഞ്ഞാൽ ഇയാല അയ്യാലും എന്ന് പറയുന്നത് വേറെ ഒരാൾ പെട്ടെന്ന് എല്ലാവരും കൂടുതൽ നിലനിർത്തി പോലും പറഞ്ഞത് ഇയാളെ അയ്യാലാണ് ഇത് കുഞ്ഞുക്കിയുള്ള അർത്ഥം വാരിക്കും സ്ലാം എനിക്ക് മുറിയിൽ അതിലെ ഇയാളിന്റെ പുറത്തായി أخذت الامضاء يا رمو وعب الخلق لله أنفهمي علي راه وعبوا لي عيارا والبصر عنه سن ولفروع الخلق كلهم يا رمو الله وحبهم من الله أنفهم لي عياره أن الله عديث لكم سري سوجة لمردن دون والله أعلم عزيز سواق وقوله وستشعروا شيئا سوى الأبداني إنه لورده إبادا ما ترمان الله عدد يأفره ورده فلده من دونه إنه أخيرا نحن باشاقنا أنه ഴുപത്തി ഒമ്പത് എൺപത് നോക്കിയാൽ പോലും വിശദീകരണം കിട്ടും ഈ കാണ്ടില് ഈ പറഞ്ഞ കുറച്ചുകൂടി വിശദീകരണം രണ്ട് നൂറ്റി ഒമ്പത് നൂറ്റിഅമ്പത് നമുക്ക് ൻ ഒറ്റ സ്ഥാനം മാറൊന്നുമില്ല ഇത് രജിതനായി മാത്രമേ ഉള്ളൂ പക്ഷെ ഏറ്റക്കുറവിനുസരിച്ച് വ്യത്യാസം വരും മാലിഫത്തിനനുസരിച്ചിട്ട് ഈ ആരിഫായ മനുഷ്യന്റെ നോട്ടത്തിനനുസരിച്ചിട്ട് വണ്ട നോട്ടത്തിന് വ്യത്യാസങ്ങൾ ഒന്നുകൊണ്ടുമാല്ല മാ وما دام العبد مضربن حيتاق نفسه محصور بها كده نفسه فهو في عالم الله ماصروف يار من الملك ذي كمن اماره النرد كمن اماره النرد الله ور عبده عنده حصته محيطاته عنده حصته مائي چچپட்டி كده இருக்குது حص حصاده மதெனது அப்ப total அறிய ஆனது വളർത്താൻ അറിയാവുന്നത് കണ്ടാലറിയാവുന്നത് കേൾക്കാൻ അറിയാവുന്നത് മണക്കാവുന്നത് രുചിക്കാവുന്ന ഈ വസ്തുക്കളൊക്കെ പഞ്ചതീകളായിട്ട് അഞ്ച് വളത്തിൽ കൂടി ഇങ്ങനെ ഓരോ രേഖ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു തിങ്ങി ഇതാണ് മഹീത്താ അപ്പൊ ഈ സാധനം എന്റെ എന്ന് പറയാം ഏത് മഹിത്ത എങ്ങനെ എന്റെ കണ്ണ് ഇതുമായിട്ട് വന്ദിച്ചിട്ടുണ്ട് എന്റെ അതിൽ നിന്ന് അടിച്ചു മണം എന്റെ മൂക്കുമായിട്ട് വന്ദിച്ചിട്ടുണ്ട് ഇന്ന് പുറത്താവുന്ന രുചി എന്റെ നാവുമായിട്ട് വന്ദിച്ചിട്ടുണ്ട് ചൂടും തണുപ്പ് സ്പർശിക്കാൻ വന്ദിച്ചിട്ടുണ്ട് പിന്നെ ശബ്ദം രവ്യമായി വന്ദിച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് ഭാഗത്തിൽ കൂടി പോയി കണക്ഷൻ ഉള്ളത് കൊണ്ടുണ്ടാക്കുക ഹിസ്സിന്റെ മുഹീന്താ ഇതെന്ന് പറയാം ഈ മുഹീത്താത്ത ഹിസ് കൊണ്ടുണ്ടാക്കി അതിൽ തന്നെ തെരഞ്ഞെടുപ്പിട്ട് അരി ജയിലിൽ പിടിക്കുമ്പോൾ തോന്നെ അതിന്റെ അതേ മഹുറുഫി ഹൈക്കീൽ നെസ്റ്റ് ചെയ്യുന്നതിന് അതേ അർത്ഥം തന്നെ ഓരോ നെസ്റ്റാകുന്ന കൂടാതെ തന്നെ തടഞ്ഞിട്ടുന്നർത്ഥം ഈ നാല് പങ്കു മുഖേൻ ഈ ആലമില്ല ശബ്ബായി തന്നെ മുഖേമാണോ നാടോ അറിയിട്ടില്ല എന്ന് തൽക്കാലം പറയാം അതാണ് മുഖേമാഹസുറുപ്പി ആലമുണ്ട് മൈതാനി ഒന്നും തുടങ്ങേ ഇല്ലാന്നും പറയാം അപ്പൊ ലം ഇപ്പോഴത്തെ റുഹാനിയത്തേത് ബശരീരത്തേത് ഒരു വ്യത്യാസം വെറും ബശരീത്തിൽ ഇപ്പുള്ളത് രണ്ടില്ല അവരെ ഉള്ളു മായനില്ല ഒരു വ്യത്യാസം അവളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു വിളുക്ക് മാത്രം ഇതിന്റെ മറ്റേ വായ്പ ആയിട്ട് പറ്റി ഇതിലേക്ക് ലയിച്ചു പോയാൽ ഓരിക്ക ഒറ്റ മുരി പറ്റുമോ ഇപ്പം അവനിക്ക് ഇത് ശഹാരത്താണോ എത്രത്തിൽ ഇത് വൈപ്പുണ്ടല്ലോ ഇത് പനാജാലികർക്ക് ചിലപ്പോ രണ്ടും കാണുന്നവരുണ്ട് എങ്ങനെ ഇത് അസതിയും ഇത് പുറകായിട്ട് കാണുമ്പോൾ ഇതുകൊണ്ടാണ് ഇത് കാണുന്നത് എല്ലാം തോന്നുന്നുണ്ട് വിഷയം തോന്നുന്നു മസ്തീതാ തുറന്നു കൊടുത്ത് അവന്റെ ഹെസിനെ തൊട്ട് റായിബായിട്ട് എന്താ പുതിയിലേക്ക് ഇങ്ങനെ കേറിപ്പോയത് ഒന്ന് തന്നെ ഓ പരസിഹിൻസി അതിനെ തൊട്ടു പലരേതാശ്ശേ ജനസോ അപ്പൊ ചുരുക്കത്തിൽ വായിപ്പും ഇവിടെ റൈബത്ത് വന്നു വൂറൽ മലക്കൂത്ത് മലക്കൂത്തിന്റെ നൂറിനെ ഒന്ന് കാണുകയാണ് ഇവിടുന്ന് ശബ്ദം മാറുമ്പഴേക്ക് പുതിയ ഒന്നിലേക്ക് എങ്ങനെ കാണാം ഈ ബഹരൻ ജബറോത്തിയായ ബഹരവിൽ നിന്ന് ഒഴുകി വന്നതായ മലപ്പൂർത്തിയാലും അവന്റെ കഴിച്ചത് അപ്പൊ കഴിഞ്ഞറിയോ ഈ അത് ആയ ഉരുവോ കൊണ്ട് ഇതിന്റെ ഉരുവം നിലനിൽക്കുന്നു എന്നായിരുന്നു അവന്റെ സുഹൃതി നേരത്തെ ഇതിൽ തന്നെ വേണമെന്നാണെന്ന ഇരുപുട്ട് ഇപ്പം കളി തിരിഞ്ഞു തേങ്ങനെ ജബറോത്തിയായ ബാഹറിൽ നിന്ന് ഒഴുകിവരുന്ന പൈല കൊണ്ടാണ് മലക്കൂന്ന് നിലനിൽക്കുന്നത് ഈ മലക്കൂന്ന് പേര് വന്നപ്പോ ഇരു കടച്ചിട്ടപ്പോ ഈ പേരിട്ടപ്പോ പേരെന്നത് ഒരാൾ ഡ്രൈവറിന് പേര് വേണമെങ്കിൽ തന്നെ എന്താകണം ബഞ്ചി ഓടിക്കുന്ന ആളായി വേണമല്ലോ ഒന്നുകില പേര് വരുന്നു അപ്പൊ ആ നൂറുണ്ടല്ലോ ഏത് നൂറ് നൂറൽ നൂറൽ ജബറോത്ത് ജബറോത്തിൻ നൂറൽ മരക്കൂത്തിന്റെ നൂറിനെ കണ്ടതല്ലേ ആ നൂറിന്റെ സുഹൂദ് അവരെ ഹിജാപെട്ടിട്ടുണ്ട് അൻബുൽമത്തിൽ ഈ ഹിസ്സായ ആരമ്പുൽ മുറുക്കിന് ഹിസത അതിന്റെ മുൽമത്തിനെ കാണാൻ കഴിയുന്നില്ല മറ്റേ നൂറോട് ഇത് പ്രവാശിച്ചു പോയി മാത്രമല്ല മുക്കബ്ദനായ അംഗാഹുവിന്റെ സുഹൂദ് കാരണത്താൽ കൌരന്റെ സുഹൃദിനെ തൊട്ടന്നായി ഹിജാപുടപ്പെട്ടു പോയി അസലു കൊല്ലുഹോ കൗന അസിൽ കംപ്ലീറ്റ് കൊല്ലുഹൂ കൗന് അസിൽ നോക്കാതെ മാത്രം എടുത്താല് ദുൽമത്വം അല്ലെ കൗല് കൊല്ലുഹോത്വം അനാഥോ കൗല് കൗനായ ഭാഗത്തിൽ കൂടി നിന്നയിച്ചു ഹുവാ എന്നു നോക്കുകയാണെങ്കിൽ അസലേതാണ് പക്ഷെ അതിന് പ്രകാശം കിട്ടുന്നതിനു ഇത് മുക്കമ്പിനായി ഒരുത്തനു പ്രവർത്തിപ്പിക്കുന്നുണ്ടല്ലോ എന്ന സുഹോദി വരുമ്പോഴേക്കെന്താ ഇത് പ്രകാശിക്ക് സാധനമായി ദാരിലുവായി ഞമ്മക്ക് വൈകാടിച്ച് തരാൻ രാത്രിക്ക് മുക്കമ്പിലേക്ക് പാ നിന്റെ പശുവിനിലേക്ക് ഉണ്ടാക്കി തരാം വൈകാട്ടി കളിച്ച ടോർച്ചായി മാറി ഒരു ടോർച്ച് എടുത്തിട്ട് നിങ്ങൾ മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചു ഇതിന് പ്രകാശം പിന്നില്ലേ ഈ ടോർച്ച് നിങ്ങൾക്ക് ഇപ്പൊ കണ്ണിനടിച്ചപ്പോ നൊൽമത്തോ നൂറോ എന്തുകൊണ്ട് പറ എന്തുകൊണ്ട് കാരണം പറഞ്ഞു മതി കണ്ണിനടിച്ചുകൊണ്ട് നിങ്ങൾ കാണാനുള്ള കാഴ്ച നിങ്ങളെ പിരടാക്കിയിരിക്കുകയാണ് ആ പിരട്ടത്തെ പോയ ആളെ നിങ്ങൾ ഇപ്പൊ ആക്കി മാറ്റിയിട്ടുള്ളത് കണ്ണമാള കുടിക്കുന്നില്ല മോട്ടേക്ക് ടോർച്ചടിച്ചിട്ടില്ലേ പൈസ കുട്ടി ചൂട്ടി കൊണ്ടുപോകുന്നു മന്നാളത്തേക്ക് അതേ ടോർച്ചെടുത്തിട്ട് ഇങ്ങനെ അടിച്ചോ ഇങ്ങനെ നോക്കുന്നു എന്നാൽ ഈ നൂറമ്പ് സാധനം നൂറാഴ്ചയായിരിക്കും വൈകാട്ടുന്ന സാധന അപ്പൊ ഈ കായ്നാത്തിനെ കായ്നാത്തായ വാർത്തയിലൊക്കെ നിങ്ങൾ കണ്ണൂർ എനിക്ക് ഈ കായനാത്തിൽ കൂടി മറ്റൊരു തജല് കാണും എന്നുള്ള നിലയ്ക്ക് വൈദ്യമാനത ഉജൂർ ദുഹരിൽ അക്സി എന്നതിലൊക്കെ ആണെങ്കിൽ അമ്മാവിനേക്ക് കൊണ്ടുപോകുന്ന ഇതിന്റെ ഇസ്തിലായ ബുർഹാനിനുള്ള ബീടുകളാണ് ഈ സാധനം അതിലേക്ക് നോക്കുന്നില്ല ഇതിലേക്ക് നോക്കുന്നില്ല എണ്ണൂറോളിക്കാസ്റ്റ് ഇവന് മാത്രം നോക്കി ഒരൊറ്റകം മാത്രം ദുൽമത്തം ഒറ്റകത്തിൽ കൂടി കൈത്തൊറിക്കത്ത് എന്നെ മെറുനോക്കുകയാണെങ്കിൽ അതെന്തായി മാറി നൂറായി മാറിയ അപ്പൊ ഷഹൂടിന്റെ വ്യത്യാസങ്ങളാണ് എന്താ കൗര് കംപ്ലീറ്റ് ചെയ്താൽ നൂറാണ് പക്ഷെ വൈന്നുഹൂറില് ഹിക്കിമത്തി അതിൽ ഹിക്കുമത്തിന്റെ ഗുഹൂറാണെന്ന് അത് നൂറിനെ ഹൈജാബാക്കുന്നത് അപ്പൊ ഹിക്കിമത്തിലേക്ക് മാത്രം നോക്കി നിന്നാൽ സബ് ഉസഭാസിന്റെ മതം മാത്രമേ കാണുന്നുള്ളുതാ വെള്ളം കുടിച്ചപ്പോൾ ദാഹം മാറി അപ്പം ദാഹം മാറൽ എന്നത് മുസമ്മ് വെള്ളം എന്നത് സമബ് അതിന്റെ കൂടി മറ്റൊരു സമബത് ഇതിലേക്ക് മാത്രം നോക്കി ഹിക്കുമത്തിൽ ആകണം അപ്പൊ ഹിക്കിമത്തിന് കാണുമ്പന്തോ ഇത് പിന്നിലാരിങ്ങനെയാക്കി പവർ വനം ആക്കി അവൻ അത് ഹിക്കുമ്പോ ഒന്ന് മുപ്പത്തൊമ്പതാമത്തിലുള്ളത് ഇത് والن 38 نوكيا مدي هل كونه بينه و قد يكون كله ظلم طول عن كونه كله ظلم طول وين ما انار هو ظهور الحق فيه اع كونه لي ാണ് അത് പ്രകാശിക്കുന്ന ഭാവനയും മാറുന്നത് എല്ലാം കണ്ടില്ലേ അങ്ങനെ വന്നിട്ടെന്ന് പറഞ്ഞു ഒരാൾ കൌളിനെ കണ്ട് കൗനിനെ കാണുമ്പോൾ അവ കാണണ്ട എന്തായിരുന്നു അതിൽ കൂടി മുക്ക പിന്നെ കാണി കൗനി കണ്ണാടിയാവും കാണാനുള്ള വാസ്യത്തെ ആയിട്ടുള്ള കണ്ണാടിയാണേത് കൗനി കണ്ണാടി നോക്കി മുഖം കാണുന്നില്ല എന്നാ പിന്നെ കണ്ടെന്തോ അപ്പൊ അത് കാഴ്ചന്നുണ്ട് സിഹിയുണ്ട് മഹകുണ്ട് കപുല കൊണ്ട് മഴ രണ്ടു മൂന്നു നേരത്തിലുണ്ട് സിഹി എന്ന് അറിയുമ്പോ അതിഥി കപുലഹി ഇത് കാണാൻ ഉൾപ്പെട്ടതല്ലേ മഹൂരൊപ്പം അവ എന്താണ് അറിയത്ത് മറ്റേ സുഹൃദ് മുത്തത്തിനുണ്ടും മൂത്തിനൊണ്ടും വാങ്ങിയത് അവരുടെ പേര് വെക്കുമ്പോ തന്നെ അച്ഛനും ഇങ്ങോട്ട് കാണുന്നതാണ് നാരങ്ങൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ചായ ഇങ്ങോട്ട് മനസ്സിന് കടന്നു വരും അതേതെന്ന് മുത്തത്തിലാണ് നറിയത്ത് മുത്തത്തിലാണ് സിഹിയാണ് അൽഫിയ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ വരുന്നതാണ് അല്ല അവിനിയെന്ന് പറയുമ്പോ തന്നെ ചായാണത് വരുന്നു കടീന്ന് പറയുമ്പോൾ തന്നെ ചായപ്പം വരുന്നു മുത്തത്തിലും പക്ഷെ നായ്ക്ക് മുമ്പത്തിലാണ് സി അല്ലല്ലോ ഒരു വിജയക അപ്പോൾ കബലഹോ മഹോ മാദഹോ യതംഗില നനക്ക് ആ നൂറിനെ ഷഹൂദ ആവുന്നില്ല ന ഫഖദ് ആർദോ അബ്ന ദുർഷ്യായ നഷ്ടം വന്നിരിക്കുന്നു തൊട്ടിൽ എല്ലാ ബദത്രൽ അൻവാർ റി വജൂദ് ഓരിക്ക നഷ്ടാണ് ഓരി ഇരട്ടതയഞ്ഞിട്ടുണ്ട് അമാദ കബൂജുതൻ സമുദാർത്തി ബി സൂഹബിൽ ആസാറ ന വണ്ടാന ബി ഹഖബിൽ ആസാറ ആയി പോരി അർദന്നുള്ളത് കസമുന കസു ത്തിരുത്തിയിട്ട് വിസുഹമില്ലാത്ത ആ സാറാകുന്ന നേരം കാരണത്താൽഫോളാകുന്ന ശംസിനെ കാണാൻ കഴിയുന്നില്ല ശംസനെന്താക്കി മൂട പൊട്ടുപോയി നേരം കൊണ്ട് ഊടിയ വാങ്ങി അയക്കോയിൽ ആ നൂറൻ ഉണ്ടാക്കി അസലിങ്ങനെ ചേർത്ത രക്ഷ നൂറായി മാറി പിന്നെ ദുരുമക്കൾ സാധനയില്ല െന്നും പറയാ ലാഹൂത്തിന്റെ സ്ഥിർ എന്നും പറയാ ലാഹോത്തിനെപ്പറും പറഞ്ഞിടുന്നു മുപ്പം നേരത്തെ പറയാത്തതും ഒന്നെങ്കിൽ നൂറോ ജബ്രൂത്തിനെങ്ങനെ ഉപറപ്പിച്ചിട്ടുള്ളൂ ലാഹോത്തിയായ അവിടെ തിരുവു എന്നാ പ്രചോദിച്ചത് അപ്പൊ എനിക്ക് തിരിഞ്ഞു അല്ലുഹാമോ അപ്പൊ ഹിജാബിന്റെ ഹരികാര ലാ എറവുന്നു ഇല്ല ആറമ്മൻ ലക്ഷ അനുകാരോ അവരൊക്കെ ലാ എറവ് ഇല്ല ആരംഭിന്റെ അറുപൻ അറുവാഹിന് അല്ലാതെ കാണൂല്ല പക്ഷെ പുല്ലിയാക്കി പറഞ്ഞുകൊണ്ടാ പനുകാർക്ക് നോക്കേണ്ടി വരും ആരമുലിനെ എല്ലാതെ കാണുന്നില്ലാന്നവരും മറ്റെല്ലാവർക്കും മുഖം ഇല്ലാന്നല്ലേ ും നിങ്ങളെല്ലാമല്ലാഹൂത്തിൽ പണാക്കണം അപ്പൊ ആലമുല്ലഅുമാ അല്ലാതെ കാണൂല്ലൊക്കെ മറ്റേ പനാദ് കാണോ ബക്കാളി ലഹരി കാണ്ടും കൂടി കാണും പക്ഷെ അതാ സ്ഥലം ഇത് പുറച്ചാൽ കാണും لما أن الواء اللوهيد لكن لما رتحجابهم عبر حجابه للهي وطلطت قد مرسلية وبرد بيسفور يستشعر شيئا ذائدا على عالم الله روح أسباحي عالم الأسباحي نيكال عطر رب الله تليغ آلم عالم الله رضاني عالم المعاني ينبر العالم روحاني لكبرد وفقيت الكلام عليه إن شاء الله تلزقه له لم يستطل بالعالم روحاني എന്ന വഴിത്തിൽ ശ്രദ്ധ ചെയ്യുമ്പോ രണ്ടാമത്തെ നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ പേജിലാവുന്നു അത് അവിടെ ഈ വിശദീകരണം കൂടുതൽ വരുന്നുണ്ട് മാത്രമല്ല മഹ്മ അനിൽ രണ്ടാം ദിവസം ഇരുന്നൂറ്റി ആറാമത്തെ പേജിൽ വരുന്നുണ്ട് അവിടെ നമുക്ക് ഇതിനെപ്പറ്റി കോടതി വിശദീകരിക്കുന്നു പറഞ്ഞു നിർത്തി അല്ല നീ അതിസ്ഥാമിനെ എത്ര കണ്ട് മറികടക്കുന്നുവോ അത്ര കണ്ട് നൂറ് ലാക്ക് പുഞ്ചിരിക്കുന്നതായി എനിക്ക് തെളിഞ്ഞു വാങ്ങൂന്ന് പറഞ്ഞ അമ്മയും പിന്നെ ആനമു റുഹാനിയുമായി ചേരൂല മൻ ഒരു മനുഷ്യൻ അമൃഹു അവന്റെ ജീവിതകാലം ഹാനി അരൽ ഫുതൂൽ പൊതൂലുമായി തുറഞ്ഞു കുടിക്കാറുള്ളത് എന്നാൽ ആലമു റുഹാനിയിലേക്ക് എത്തൂലെന്ന് പറഞ്ഞു ആ തിരക്കും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നു ഒന്നാമത്തെ ആനാലം യട്ടെ ഈ മഹാനികളുണ്ടല്ലാം പറഞ്ഞേത് ആരം മുൻ മരക്കൂട്ടാവട്ടെ ജപറൂത്താവട്ടെ അതൊന്നും അക്കല് കൊണ്ട് കിട്ടൂല അപ്പൊ സാ തൻമാർക്ക് കിട്ടൂലോ ഓർത്ത് അക്കല പഞ്ച നിര്യങ്ങളും പഞ്ചനങ്ങളിൽ പെട്ടെ ചിലതും അക്കല പ്രയോഗപ്പെടുത്തിയിട്ടാണ് ശാസ്ത്രം മുഴുവൻ കണ്ടെത്തുന്നത് ഇതോ അക്കലിന്റെയും അപ്പുറം പൂട്ടി വെച്ച നിധി ഉണ്ട് ആ നിധിയാണ് ഏത് ബസ് ആ ബസ്സിടത്തിൽ കൂടിയേ കിട്ടുകയുള്ളൂ അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളോട് ഒക്കലാമന് സംസാരിച്ചാൽ ആ കുഞ്ഞിക്ക് തിരിയാത്തതുപോലെ സംസാരിച്ചാൽ ഒക്കലാസിൻ തിരിയൂല അതാണ് വലിയ ആഗ്രഹങ്ങൾക്ക് പോലെ സൂപ്പിൻ തന്നെ കലാമം തിരിയുന്നില്ല എന്ന് പറയുന്ന കാരണം പിന്നുകൊണ്ട് കിട്ടൂല പിന്നെ വാക്കിന്റെ ചില ഉദാഹരണങ്ങളും േ ആ രീതി പറയാനുള്ള വെക്കുകൾ മാത്രം എന്താ പറയുന്ന ആനമുൽ മാക്കോലേതാ അക്കൽ കണ്ട് എത്താകുന്നതിന്റെ പരിധിക്കാണല്ലോ ആനമുൽ മാക്കോൾ എന്ന് പറയുന്നു ആനമുൽ മാഹ്വസ് വിട്ട് അക്കല് കൊണ്ട് കിട്ടുന്ന ആനമുൽ മാക്കോലും പൊട്ടിന്റെ അമാമി അപ്പുറം അല്ലും mbaathatte maarighu kore maarigathinte ranganundu pacha aa maarigathe ranganagale tulgho fil manqulul manqulul lagazayti ingane udahaaranaree parayanalla parannu sariyikkortha vidila pontu annan nafsa wallakina waruha wasirwa kullu wahidin minna rabbahann jannatihi fil zimi wal nudraat adu mumba 57th pageil parannu koottunde ede manushanne nafsaadathike kaanda beree നഫ്സെ എന്ന് പറയും അതിനെ എന്ന് പറയും റൂഹ് എന്ന് പറയും സബ്ബ് എന്ന് പറയും പലേ കേറി വരും അപ്പോൾ ഇതുപോലത്തെ ഇതിനൊരു അറിവ് അതിനെ ചരിച്ചിട്ട് അവര കണ്ട വദന്തൽ കുണ്ടോ ന പോതിന്നാ അല്ലാമ തൻ ദറാക തല്ലിൽ അശയാ നടന്നുണ്ട് ഇന്നും ഇദ്രാക്ക് ഉണ്ടോ ഇൽമ ഉണ്ടാണല്ലോ ആയതങ്ങി അല്ലാമയേ ഇദ്രാക്ക് ഉണ്ടതാണല്ലോ ദറാകി ആയത പക്ഷേ നഫ്സിന്റെ മഖാമിൽ ബോധികതയുടെ മാത്രമേ ഇൽമി ഇദ്രാക്ക് ഉണ്ടാവുന്നു എന്നതിനെ പരിഗ്യാന്താണ് തോന്നുന്നു അതിനപ്പുറം ഇതിയില്ല അക്കലിന് അതിന്റെപ്പുറം ഉണ്ടാവും അങ്ങനെ ഓരോന്നിനും പോയി പോയി പോയി അക്കിലൻ്റെ ഇരുപോ ഇടത്തുണ്ടാവും അത് ആ കെഴുതി കഴിഞ്ഞാൽ ഇനി അറിയാനുള്ള മുതലക്കാത്തുകൾ ബാക്കിയുണ്ട് മരവും മാത്തുകളും ബാക്കിയുണ്ട് പക്ഷെ ആരത്തോട്ടത്തെ ആരത്തെ അക്കല് പോരാ അതിനോണം പുതിയൊരത്തും ബസ് ഇവിടെ തോണോ ഇങ്ങനെ വണ്ടി ഓടി ഓടി ഓടി പോയ കരക്കെത്തി ഇനി ഈ വണ്ടിക്ക് വേറിച്ച് എന്റെപ്പുറം പോകാൻ കഴിയൂല നിങ്ങൾ തോന്നിയെടുക്കുന്നു ഓടി അപ്പൊ നബ്സിന്നും അഖിലെന്ന് മോഹൻ അവിടെ രണ്ടാം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ പേര് പേര് വീണ്ടുണ്ട് അല്ലേ അക്കതൽ കമാലി ബനാ പോലിൻ അക്കരി മാത്രം എന്നിട്ട് അക്കതൽ കമാലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് മഹാരാണ് അത് ബഹുമാണ് തനിച്ച വ്യാമോഹമാണ് മറഞ്ഞ് കിടക്കുന്ന രാജ്യം അല്ല എന്ന് പറഞ്ഞു അക്കലുകൊണ്ട് കിട്ടണം അതി അപ്പുറമൊന്നുമില്ല ബസീറത്തുണ്ട് ഇവിടെ ബസീരത്തു കൊണ്ട് കിട്ടുന്നത് അപ്പുറം ബസീരത്തുണ്ട് തന്നെ അരിപ്പാൻ തുടങ്ങി ഇല്ല സെക്കൻഡ് ഇയർ സ്കൂളിൽ ആകാശം കഴിഞ്ഞിട്ട് നൂറുമാർക്കും മാങ്ങിയാലിന്റെ മറ്റൊരു ഡിഗ്രി കോളേജിന്റെ ഒന്നാം ക്ലാസ്സിൽ ഇന്റർവ്യൂ പോകുകയും വെച്ചു അവരെ വരുന്നുണ്ട് മാത്രമല്ല തക്കത്തമോ പറയാണോ അതിന് അമ്പത്തി ഏഴാം നാല് മുമ്പിൽ കഴിഞ്ഞിട്ടുണ്ട് ആക്ടിന് കരുതിയുണ്ട് ആ പരിധിക്ക് അപ്പൊ അപ്പൊ സുഹൂത്ത് അൻവാരൻ മലക്കൂത്തി വസ്തുതാറൻ ചോദിച്ചു മലാലിച്ച് മതത്തിന്റെയും അപ്പുറം ആണ് ഇതുള്ളത് ഈ മേഖലയുള്ളത് അതുകൊണ്ടാണ് അമാവൻ നടത്തണ്ടുദ് അപ്പുറം ഇങ്ങനല്ല കൈറിലേക്ക് അപേക്ഷിച്ച് മുമ്പിലൂട്ടി ഇതാക്കി അത് പിടിച്ചെടുക്കണം എന്നുള്ളതിൽ ഈ കൊടിക്കണ്ട ഇരുപത്തെട്ടാമത്തെ പേജിൽ കെളിഞ്ഞിട്ടുണ്ട് കൊലുഫനിൽ പാൽ കളഞ്ഞു പത്തമ്മേ വലാത്തു വന്നിട്ട് ഓരോ കിട്ടാബിന്റെ അറ്റി ഓരം തയ്ക്കുന്നതിയോ സമറിപ്പിച്ചോ എല്ലാം ഇരുമൂ യൂണിന് ഉണ്ട് ണെങ്കിലോയ്ക്കുന്നില്ലേ ബുദ്ധി എന്താക്കി ഇളക്കി വിട്ടിട്ട് ഈ കിതാവ് എന്റെ ബുദ്ധി മാത്രം മതി എന്ന് മനസ്സിലാക്കി കൂടെ ഉണ്ടാന്ന് വരുന്നില്ല അതിന്റെ അപ്പുറം പറഞ്ഞു പത്തമ്മാ വള അൽ ഇതിന്റെ അപ്പുറം എന്തുണ്ട് ഈമുണ്ട് യദിഖു അത് വളരെ രസയിക്കാണ് യദുക്കു വെച്ചാൽ അച്ഛനെ തന്നെ എതുക്കൂന്ന് കാണും ശരിയല്ല എതിപ്പ് സഫ ആകും ദയിക്കാകുക എതുക്കൂന്ന് പറഞ്ഞാൽ പൊടിക്കല ഇത് പൊടിക്കലല്ലല്ല എന്തിനെ തൊട്ട് ഈ ദഹിക്കുകയാണോ മതായിരിക്കും കായാത്തിൽ പോലീസ് സ്ഥലമെത്തി എല്ലാ വൈകല്യങ്ങളെ തൊട്ടും രക്ഷപ്പെട്ട പോലുണ്ടല്ലോ നല്ല ബുദ്ധി ഒരു വഴികല്ല് ആ സ്ഥലമായ ബുദ്ധിയുടെ കായാത്തിൻ്റെ മദ്രക്കുണ്ടല്ല ലാസ്റ്റ് പരമാവധിക്ക് അതിന്റെയും അപ്പുറത്താണ് അതിന് സാധനുള്ളത് അതുകൊണ്ട് ഞാൻ വലിയ ബുദ്ധിമാനാന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യാൻ വന്നാൽ കിട്ടൂല അതിന്റെ കൂടെ നെസ്സാദ്യം പോണം അർത്ഥങ്ങൾ ഇവിടെ ഒരു പടി മാറിയിട്ടാണ് അപ്പുറത്തേക്കത് ഒരു പടി തെളിയിച്ചു അതെ പറഞ്ഞു അബ്ദുൾ നിന്റെ രണ്ടും കണ്ണും കണ്ടിരുന്നുവെങ്കിൽ എപ്പോഴും നഫ്സുകളെന്തായി തദർസിലായിജ് വലിയ ബുദ്ധിജീവികളെ ബുദ്ധികളാകുന്ന ജിബാറുകൾ എന്തായി എല്ലാം പൊടിഞ്ഞി എന്നാൽ ഹത്തി ഹത്തിന്റെ ശംസനിക്കാണെങ്കിൽ ആ തസർസിന്റെ നേരത്തെ അപ്പൊ എന്താണ് അർദ്ദങ്ങൾ പോകണം ബുദ്ധികളാകുന്ന അക്കലകളാകുന്ന ജിബാലും പൊളിഞ്ഞ് വിടണം എന്നാലേ വരുക വരികയുള്ളൂ അപ്പൊ എന്റെ ബുദ്ധിന്റെ മോളെ എഴുതിമാതും പറ്റൂല നഫ്സിന്റെ സ്വഭാവങ്ങളും പറ്റൂലെ രണ്ടോടെ മാറ്റി നിർത്തിട്ട് വാങ്ങായി രണ്ട് ചിരിക്കും കൊണ്ട് മാറ്റുക പോട്ടെ അക്കലും പോട്ടെ ഹാരി പോണം അപ്പൊ ആ തന്നെയാണ് നിജാലു ദിജാലും ദിജാലു എന്ന് ഏതായാലും കണ്ടെത്തി ചൂടുന്നു കാരണം അവളെല്ലാങ്ങുന്നു ജിബാലോക്കെന്ന് പറഞ്ഞേ ربنا باند होके करते ये कौम تعالى فلم تجل ربنا جبل جعله دك وخر موسى साए कान और जिंदगी मूसा अलैहिस्सलाम अल्लाह ने गरजना अदनी हमरो इलेका न गरजता आज पर्यायतनले परत बटि फलम تجل ربنا جبل جبرني الله رب تجليया और جبرन दाकी दकाई पुडिनी मूसा अलैहिस्सलाम യും ചെയ്തു ഇവിടെ ജബൽ എന്ന് പറഞ്ഞാൽ ഏതാണ് ഏതാണ് ഇവിടെ ബോധം കെട്ടിവിടെ സാധനം എന്നൊക്കെ പറയാ പടമ തജല്ലിൽ ജബലി ജാലഹൂതർക്കൻ അങ്ങനെ തജല്ലാരി ജബലിൽ അക്കലി അഖലാകുന്ന ജബലിലേക്ക് തജല്ലി ആയി അപ്പൊ ജാലഹൂതർക്കൻ അക്കലങ്ങനെ പൊളിച്ചു പിന്നെ അക്കലി വഴിപാടില്ലാണ്ട് പോയി മുഹമ്മൻ وقرم وصاف اذا دار وجوده بوجود خالقه بالمتجلي فيه وانما تنو وجودم الا نبويه والحاتل ان سموت الرواني لا تذكر باترين ولا عاتين ولا اقالوا كن نذتورا سموت الوان نذتورا وينما انذتنا بي بي نفس لاعد بتريان قرتلا ثم بعض الروان വബറു ഖുദിയ അമ്മാതാഹദഹു നിഫുസ്ന നിഫ്സ്iyal ഇത്ര കാലാണ് നീ ചേർന്ന waktu kali nalla bortu won mathramalla athil ganiyatha cheyida vendatha varadundu adil ninnum bortu won konya sahkam ikka haalun gaithira rabbilallahi ismatano nee cheyidathu va parathani gaadha urangil aatharakita anwara waru bortu muttasalatam bi maharul jabrut marqudina anwarai ado ജബറൂത്തിന്റെ മഹവുമായി മൊത്തത്തിലാണ് എന്ന് തിരിയും അപ്പൊ ഇതൊന്നും ഹിജാബ് ആവില്ല ഇതൊന്നും ഹിജാബല്ല ഇതിൽ കൂടിയല്ല മിത്രത്തിലാൽ കൂടിയാ പോകുന്നത് കാണുമ്പം തന്നെ അറബ് കാണുമ്പം തന്നെ കാണിക്കുന്ന അവതരെയായിരുന്നു ഇതിനോട് ഹിജാബ് അടുത്തം ഇത് ഇതാമല്ലെ മാത്രമല്ല മൂച്ചയാക്കി അവർ ചേർക്കുന്നു ഇപ്പൊ ആണ് ചേരാതെ പറയുന്നു കമല കൊണ്ടാക്കി കാരണേട്ട ഓർക്ക് നേരെ അവസരം ഓർക്ക് തെളിവറിയുന്നു പരിധി വരുന്നാക്കളിമ്പോണ്ട് നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ അറിയില്ലേ എന്നാ പിന്നെ ആളുകൊണ്ട് ഇങ്ങോട്ടാൻ തോന്നുന്നല്ല അവരെ ബോധി വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങോട്ടാകൊണ്ട് എല്ലാം അവർ ഇതാക്കി പിടിക്കണം തീ നേരിട്ട് കണ്ടെ പുക പോകുന്നു തെളിവിടിക്കണം അപ്പൊ തീനരിത്താ പോകുന്നു അങ്ങ് തീയുണ്ട് എന്നാ കാണണം പുകയാണ് പോകുന്നു പുക എന്നിട്ടാണ് നിങ്ങൾ തീ കണ്ട കത്തിയത് തീരെ കടുപ്പിൽ പോകുന്നത് നിങ്ങൾ പുകടുത്ത് കണ്ട എന്റെ അവടെ തീയുണ്ട് അതെ പുക ഇതാ പോകുന്നു അതന്നെ നമുക്ക് ഒന്ന് തീയാ തന്നെ ആവുന്നില്ലേ അന്നുണ്ടോ ഉണ്ട് ആകാശുണ്ട് അതിന് ആകെ നോക്കുന്നു അമ്മ എത്തുക പിന്നെ ആകെ നോക്കണം അപ്പൊ ഇസ്ട്രീരാജ നേലുകാർക്ക് ഞാൻ ഇന്ന അമ്മയെ കൊണ്ട് തരാന്ന പറ നേരെ അപ്പൊ ഹിജാബില്ല അരശോ കുളിസിയോ അപ്പലാക്കോ അമലാക്കോർ ഹോബി അരിക്കാഹിപ്പി അറബിറത്തി കൗനിഹിന്ന പറഞ്ഞ അള്ളാഹുബിന്റെ കൗനാകുന്ന ഈ ദാരിറ ഈ ദായുറിന്റെ കേന്ദ്രം ഇതുവരെ നൃത്ത ഇത് വെച്ചിട്ടാണ് നല്ല തിരി നിന്നെ എല്ലാം നടക്കുന്നത് ില്ലാറോത്തിൽ മോണി എന്ന് പറഞ്ഞിട്ട് ആയിട്ടേ പറയാൻ പറ്റുള്ളൂ കടങ്ങളൊക്കെ വയ്ക്കില്ലേ എന്താ അതിന്റെ അഭിപ്രായം ചോദിക്കുന്ന ആ രീതിയാണിത് അന്നഹാദിയിൽ അമ്മാഹുവിന്റെ കരാമിൽസും ഖുഹാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഖുർആാനുണ്ട് പക്ഷെ കരാമിനെ അരിച്ചുപറക്കിട്ട് എടുക്കണം പാലിൽ വണ്ണുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ വണ്ണന്ന് കാണിച്ചപ്പോ അത് ചൂടാക്കിട്ട് ഉറപ്പാകുന്നിട്ടെല്ലാം കൂടെ കടയുമ്പോൾ പറഞ്ഞാൽ മണ്ണില്ലാതെ കണ്ടു കൊടുക്കാം മണ്ണി നെയ്യുണ്ടോ പാൽ മൊത്തം എടുത്തിട്ട് നെയ്യുണ്ടാ ഓക്കെ فإنما يمن باقل إشارة قرآن سنة إشارة سنة باب الكوريان لرض الكوريان وكذلك سيلا هذا يقول لا نحن فريبا ترده في كوره ترده إذا أدرزلت الأرض وإنزالها وأخرجت الأرض وقالها وقال الإنسان ما لأأمر إليه قيام النعر على الجرحة إذا أدرزلت الأرض وحي أرض النفوس لما زلزلتائي ينبا أن يجرم جهاز لكبر جمتين تي زلزلتائي അപ്പൊ കണ്ടായിന്നറിയോ ഹിക്മത്തുകളും ഇരുമ്പുകളൊന്നി ഉള്ളി നേരത്തെ ബാലയ്ക്ക് വെച്ച സാധനങ്ങൾ അജബ് കണ്ടിട്ട് മാരഹ എന്താ എന്തൊരു ലോമാണ് ഇത് ഒത്തിപ്പിടിച്ചത് ഇയാൾ കിട്ടിയത് ഇയാൾ ഉസ്താധാരുന്നു മാരഹാ ജവമായി നീന്ത അന്നത്തെ ദിവസം പറ്റിക്കഴിഞ്ഞാൽ അപ്പൊ നട ഒരു ജലതടത്തിൽ ഉണ്ടാകും അന്നേരം അതിന്റെ അപമാനം എല്ലാം പറഞ്ഞു സമുഖ വസ്ത്രം ഇല്ലേ വെച്ചുപോക്ക നേരം ഇരുന്ന് വഹാദി ൃത്തരാം പറഞ്ഞില്ല ചില മഹാത്മാർ പൈല്ലം തക്കുറെ അപ്പുറം തക്കും തറാഹു പൈൻ നഹുക്കം തക്കുന്റെ ആഘോഷത്തിൽ തറാഹുന്റെ ജവാബാണ് പൈലൻ തക്കും തറാഹു സാധാരണ അർത്ഥം എങ്ങനെയാണ് തക്കുന്റെ തറ ഫൈലം തക്കും നീയാന്നില്ലെങ്കിൽ തറാഹു ഓനെ കാണുന്നോനാവുന്നില്ലെങ്കിൽ ഫൈനഹു യാറാറ്റെങ്കിലായിക്കോന്നും അപ്പൊ എന്താഹദി മുറാഖ് ഇറങ്ങിക്കോന്നു അസീമു ഇവിടെ ചിലകൊണ്ടൊന്ന ഫൈലം തക്കുൻ കാനി താമക്ക അതാ ഞാന കാണ താമത്തൻ അപ്പൊ ഫൈലം തക്കു നീ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവാത്ത പക്ഷം അപ്പൊ നിന്റെ അന കമ്പിളിക്കണ പോട്ടെ ഞാൻ സാധന ഇല്ലാണ്ടായാൽ തറാഹു അന്ന് കാണാം നീ മാറു അന്ന് അവനെ കാണാം നീ ഉള്ളത് കൊണ്ട് അവനെ കാണേലും ഇപ്പൊ എന്നാ വക്കഫ ബാധുവിന ചിലർ ഉണ്ടാക്കി അവിടെ ഒക്കെ ചെയ്തിട്ട് വചാര തറാഹുണ്ടാക്കി ജവാബാക്കാം അങ്ങോട്ട് ഓൺ നിങ്ങൾ ഇങ്ങോട്ട് ഏതാനും കാണുന്നത് തന്നെ നീ അങ്ങോട്ട് കാനത്തെ കാണാതിരിക്കട്ടെ എങ്ങനെയാണെങ്കിലും ഓണിന്റെ കണകെ തീർച്ച ജവാബാക്കി വലന്തൂല അപ്പൊ തറാഹുണ്ടി വരും ജവാബിന്റെ ജവാബിന് ജിസ്മണ്ട് ജസ്മേ രാകുന്ന് വെക്കേണ്ടി വരും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അഹുറന്ദ്ര മുരിമാറു മുരാമതിക്കൂല വൈനൂർ പക്ഷെ ബാത്തിന്റെ അല്ലുകാർക്ക് നല്ല ദൗഖാനദാനും നമുക്കില്ല അതുകൊണ്ട് അവരുടെ കടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് അറിയുന്നുണ്ടാവും ഇതെന്താ പറഞ്ഞ് നോക്കി കോടുവാശ് ഒരാടിയിലെന്തോര വാശേക്ക് അറിയുന്നുണ്ടാവും നമ്മ വിശാറത്തിൽ പോയി വേഗം പറയാൻ കഴിയാം മൊത്താല് മത്തനടിച്ചാ വേഗം പറയാൻ കഴിയും നല്ല വരെ പറച്ചല്ലേ ഇമാറത്താണി പറയാൻ കഴിഞ്ഞാ എന്താ ഉമ്മ ഇന്ന ഹാദിയിലും കൊച്ചി കൊനല്ലാളികളെ ഇനി പറയട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ നാവിനോ മനസ്സിനോ തണിനും മൂക്കി നല്ല കിട്ട അറുവാഹിന്റെ മേലുള്ള ഇഷറാക്ക് അസ്രാ അറുവാഹിന്റെയും ആഴത്തിലാണല്ലോ അസ്രാറുള്ളത് നല്ല ചെറുപ്പം പോയിട്ട് അറുവാഹിന്റെയും ആഴത്തിലാണ് ഏതിൽ അസ്രാർ അതിന്റെ മേലിലുള്ള കശ്പുകൾ ആണ് ഈ പല ഈ കശ്പോരോ രംഗങ്ങളുണ്ടാവും ഓരോ താരതഘട്ടങ്ങളും ഒരുപാട് വരെ നമ്മ പറയാ ഇസ്രാത്തിന്റെ പ്രകാശം ലുഹാ വക്കത്ത് നട്ടുച്ച വേഗിക്കുന്നേരങ്ങനെ മാറ്റി സൂര്യപ്രകാശത്തിന്റെ ഏറ്റവും അനുസരിച്ച് നമുക്ക് അതിൽ പേര് കൊടുത്തിട്ടില്ലേ ഇതേ മാജണ്ടാക്കും ഇങ്ങനെ രണ്ടു മൂന്ന് പേരുണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊന്നാമത്തെ പേജിൽ വിശദീകരണം തേടുക ആര് പ്രകടമാരുടെ പ്രാരംഭരംഗത്തിന് പറയും അടുത്ത പഠിക്കുന്ന ലവാറുള്ള പഠിക്കുന്നവരെയും പേരായി അപ്പൊ പണി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു ഇത് പ്രാരംഭമാണെങ്കിൽ ഇത് ഗുഹാവസ്ഥയിരിക്കും സുമ്മിന് ഷുറുക്ക് പിന്നെ ഷുറുക്ക് പിന്നെ മുത്തസിലായി വന്നില്ലേ കടുപ്പം കുഞ്ഞിറ്റം വന്നു മുന്നാ നൂറ് നിൽക്കും തായിന 빈াশം కిల ఎత్తరేదిതായിనో హస్తా యకవ సుఖవతంకి ఆదిలో సుఖం తంకిని చెరిక పుట్టిటొ వന്നു పోయి వന്നു పోయి కయని ఆరి యావుండు తమకున అవల తంకిని అవులా కారసంగరి వలిదా zalika sha rabbikawlihi wa animo anna lakum tamkiyana yarqabihim fil mukashafina wa alim wa barah nasala ki rendu annalagu avarkinde tamkiyan undu എങ്ങനത്തെ തംകീനാണ് എർക്കാബിഹിം ആ തമകീൻ ഇവരെയും കൂട്ടിയിട്ടിങ്ങനെ പോകുകയാണ് അവിടുത്തെ മുഖാശഫിച്ചേക്കും അപ്പൊ തംകീൻ എന്നതെ വലിയ പുറവിയാണെന്ന് തോന്നുന്നു അപ്പൊ ഇവിടെന്താ പറഞ്ഞി തവാനി സംബന്ധിച്ച് മുസ്തീഫ് വന്നിട്ട് അതിൽ ബൈസി പറഞ്ഞില്ല നിങ്ങള് പറയാതെ കണ്ട് നേരെ കൊണ്ടുപോയത്തേക്ക് തംകീലിലേക്കൊന്നു പോയാ അപ്പൊ തംകീൽ എന്നുള്ളത് അവർ കൊണ്ട് ആ തമകീൻ ഉണ്ടാക്കും മുഖാശബ്ഞാമിലേക്ക് എത്തുന്നു അതിന് പ്രാരംഭമാക്കി മൂന്നും രണ്ട് ശാരീരങ്കാർക്ക് ആമുഖം കൂട്ടിക്കൊടുത്തു ആദ്യം ലവാഹി ലവാമി തവാനി തും മറ്റ് സുശുനുക്കോ ഏതോ മുന്നോ ഹെസുഖോ തമകീലും ആ നാലാമത്തെ പടിയാണ് മുസലി പണ്ടിയത് എങ്ങനത്തെ ആ തമകീൻ ഇങ്ങനെ കരകയറുന്നുണ്ട് ബീൻ ഇവരെയും കൂട്ടിയിട്ട് അടുത്തത് മർക്കൽ മുക്കാ ഷീന മുക്കാ ഷഫീനയുടെ പുതിയ കൊണിപ്പടിയിലുണ്ട് കശ്മീരിന്റെ അനുഭവ